സഹോദരങ്ങളെ <laughs> ഇന്ന് <laughs> <laughs> अद्यक्ष विषयते या संसम सत्य और दिवसते ऐकदन क्यापूर പറു തീർക്കാൻ കഴിയുന്നതല്ല സലാത്ത് എന്ന വിഷയം എന്നാണ് എനിക്ക് ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാൻ വളരെ വിശാലമായ ഖുർആാനിൻ്റെ ഏതൊരു പേജ് മറിച്ചു നോക്കിയാലും കാണുന്ന ഒരു അതിശയോക്തിയാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ അധിക അധ്യായങ്ങളിലും പ്രതിപാദിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സലാത്ത് എന്നുള്ളത് ഈ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കും നിങ്ങളെ അറിയിക്കാൻ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി മുസ്ലിങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അവരുടെ അവസ്ഥകളെപ്പറ്റി നാം എന്ന് നാം ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വസ്തുത മുസ്ലിങ്ങൾ എത്രമാത്രം ലക്ഷ്യരഹിതമാണെന്നും അതുകൊണ്ട് അവർ അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി എത്രമാത്രം അനിക്ഷിതത്വത്തിൻ്റെ നിഴലിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകമുസ്ലിങ്ങൾ ഈ അവസ്ഥയിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് മുസ്ലിങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ മുസ്ലിങ്ങളായ നമുക്ക് പക്ഷാതപിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും എന്നുള്ള കാര്യം സത്യം ഒരു മുസ്ലിം തൻ്റെ യഥാർത്ഥമായ സത്യത്തിൽ താൻ നിർവഹിക്കേണ്ട നിരവധി അനവധി കർത്തവ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയും ആ കർത്തവ്യങ്ങൾ ഒന്നും തന്നെ നിർവഹിക്കാതെ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കേവലം ചില ആചാരങ്ങൾ അത് നമസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയ കേവലം ചില അറബ് അറബികളുടെ ആചാരങ്ങൾ നീ അതിൻ്റെ കൂടെ പറയാൻ വിട്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് രണ്ടര ശതമാനത്തിന്റെ ഒരു സക്കാത്ത് അതന്നെ എല്ലാവരും കൊടുക്കൂല രണ്ടര ശതമാനം തന്നെ മുഴുവൻ കൊടുക്കൂല അത് പിന്നെ വിശദീകരിക്കുക സക്കാത്ത് പറയുമ്പോ വിഷയം പറാത്താണല്ലോ വിഷയം അപ്പൊ ഇങ്ങനെ ചില ഏതാനും ഒരു കൈവിരലിൽ എണ്ണാവുന്ന അനുഷ്ഠാനങ്ങളിൽ മാത്രം മുസ്ലിങ്ങളുടെ ബാധ്യത പരിമിതപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവൻ്റെ യഥാർത്ഥമായ കർത്തവ്യങ്ങൾ ഇതോടൊപ്പം വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു കാരണം വിസ്മരിക്കപ്പെടാനുള്ള കാരണം എന്താണ് ഇതാണ് ഇവൻ്റെ മുഖ്യമായ ബാധ്യത എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കും ഒരു മുസ്ലിമിന് സ്വർഗം കിട്ടാനുള്ള മുഖ്യമായ ബാധ്യത എന്താണ് ആചാരാനുഷ്ഠാനം എന്ന തോത് അനുഷ്ഠാനം എന്ന രീതിയിലുള്ള അഞ്ചു നേര നമസ്കാരവും പിന്നെന്താണ് ഒരു മാസം പട്ടിണി കിടക്കലും പിന്നെ കാശിൽ ഏതാനന്ത ആളുകൾ ഒരു ഹജ്ജും ഇതിൽ പരിമിതപ്പെടുത്തും ഇങ്ങനെ ആചാരങ്ങളിൽ മാത്രം മുസ്ലിങ്ങളുടെ ജീവിതം കുരുങ്ങിക്കിടക്കുന്നത് മൂലം അവൻ്റെ യഥാർത്ഥമായ ഒരു മുസ്ലിം ചെയ്യേണ്ട യഥാർത്ഥമായ ധർമ്മങ്ങൾ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കപ്പെടുകയും വിസ്മരിക്കപ്പെട്ടതിൻ്റെ ഫലമായി എന്ത് ചെയ്തു മുസ്ലിമിൻ്റെ ജീവിതം തന്നെ ലോകഘടനയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് ലോകത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയും ചെയ്തു ഖുർആൻ പറയുന്നത് അന്തു നിങ്ങൾ മൂമിനുകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് സമാധാനം നൽകുന്നവരായി തീർന്നാൽ നിങ്ങളാണ് ഭൂമിയിൽ അത്യുന്നതർ എന്നാണ് കുർആാൻ പറയുന്നത് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് മുസ്ലിം ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മിൻ അവൻ്റെ ധർമ്മം അവൻ്റെ കടമ അവൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിലൂടെ അവന് അലൗന അവന് മനുഷ്യരാശിയുടെ ഔന്നിത്യം നേടാൻ കഴിയുമെന്നും ആ നേടാൻ കഴിയാമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നല്ല മറിച്ച് ലോകത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ സത്യസന്ധമായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം അവൻ്റെ ബാധ്യതയായി മാറും അങ്ങനെ സമൂഹത്തിൻ്റെ ഔന്നിത്യം അവനിൽ വരും എന്നാണ് കുർആാൻ പറയുന്നത് ഇതാണ് അന്തുമുള്ള ഇങ്കുന്ത മൂമിനെ ലോകത്തിൻ്റെ സമാധാനത്തിനും ക്ഷേമത്തിനും പ്രവർ സത്യസന്ധമായി പ്രവർത്തിക്കുക വഴി നിങ്ങൾ മൂമിനുകളായി അത്ര മൂമിനുകളായി തീർന്നാൽ ലോകത്തിൻ്റെ ഔന്നിത്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളായിരിക്കും നിങ്ങളുടെ കയ്യിലായിരിക്കും ലോകത്തിൻ്റെ ക്ഷേമവും സമാധാനവും എന്നാണ് കുർഹാൻ പറയുന്നത് ഒന്നുകൂടി വിശദീകരിച്ചാൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഒരു മോമിൻ തൻ്റെ കർത്തവ്യങ്ങളും തൻ്റെ കടമകളും നിർവഹിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഔന്നിത്യവും ഉന്നത സ്ഥാനവും കൈവരുന്നു എന്നാണ് സർവശക്തനായ അള്ളാഹു പറയുന്നത് എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് ഞാൻ സൂചിപ്പിച്ചല്ലോ എന്താണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കൂ ലോക അമ്പത്തിയേഴോളം രാജ്യങ്ങളുണ്ട് ലോകത്തെ ഒരു പ്രബലമായ സമൂഹം തന്നെയാണെന്ന് മുസ്ലിങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ചെറുതും വലുതുമായി അമ്പത്തിയേഴോളം രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെയും കലാപങ്ങളുണ്ട് പട്ടിണിയുണ്ട് ദാരിദ്ര്യമുണ്ട് ആജ്ഞതയുണ്ട് സമാധാനം എന്നെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിൽ എവിടെയും വേണ്ടത്രയില്ല അടിമത്തവും അവഹേളനയും സഹി സഹിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത എന്തുകൊണ്ടാണ് ഖുർആാൻ പറയാ മൂമിനുകളാണെങ്കിൽ നിങ്ങൾക്ക് ഔന്നിത്യം കിട്ടുമെന്ന് പറയുന്നു എന്നാൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ സ്വന്തമായി മുസ്ലിങ്ങളുടെ രാജ്യവും എന്നാൽ മറ്റു പ്രത്യക്ഷശാസ്ത്രങ്ങൾക്കോ മതങ്ങൾക്കോ ആശയങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായി ആയിക്കൊണ്ടും അമ്പത്തേഴും അതിലധികമുള്ള രാജ്യങ്ങളിൽ പ്രഫലമായ ഒരു സമൂഹം ഈ രൂപത്തിൽ അടിമത്തവും നിന്ദതയും അനുഭവിക്കുന്നു ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു മൂമിനിൻ്റെ ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു മൂമിൻ എന്ന അവകാശപ്പെടുന്നവരുടെ അല്ലെങ്കിൽ മുസ്ലിമാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവരുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവീക ഉത്ബോധനങ്ങളോട് എത്രമാത്രം നീതി പുലർത്തുന്നവയാണെന്ന് നാം കണ്ടെത്താൻ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ വൈരുദ്ധ്യം വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ അല്ലാഹു പറഞ്ഞെടുത്താണ് തകരാറ് അന്തമുല്ലാവിനായി മോമിനിന് അത് അസത്യമാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇന്നത്തെ മോമിൻ അല്ലെങ്കിൽ ഇന്നത്തെ മുസ്ലിം എന്ന് പറയുന്നവരുടെ ദൈവീക ഉത്ബോധനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നതിൽ അവർക്ക് എത്രമാത്രം തെറ്റുപറ്റിയിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി തങ്ങളുടെ കഴിവ് ഉപയോഗിക്കേണ്ട ജനത മറ്റുള്ളവരുടെ നീ നിന്നക്കും അവഹേളനത്തിനും പീഡനത്തിനും ഇരയാകുന്നതോടൊപ്പം അതൊരു വശത്ത് ലോക ജനതയുടെ നിന്ന് നിന്നക്ക് പീഡനം വിധേയരാകുന്നു പീഡനത്തിന് വിധേയരാകുന്നു അടിമത്തത്തിന് വിധേയരാകുന്നു ഇതിൻ്റെയൊക്കെ തന്നെ പരസ്പരം പോരടിക്കുകയും ആരോപണ നടത്തി പരസ്പരം വഴക്കും കലഹവും കലാപങ്ങളിലും വ്യാപൃതമായിരിക്കുന്നതുമായിട്ട് നമുക്ക് മുസ്ലിങ്ങളെ കാണാൻ കഴിയും സത്യത്തിൽ ലോകത്തെ മുഴുവൻ ചൂഷണമുക്തവും ധർമ്മനിരതവുമാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ജനതയാണ് സത്യത്തിൽ ഈ മുസ്ലിങ്ങൾ സത്യത്തിൽ മോമിനുകൾ ലോക ജനതയെ മുഴുവൻ ചൂഷണമുക്തമാക്കാൻ ധർമ്മനിരതവുമാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വേദത്തിൻ്റെ ഒരു പ്രവാചകന്റെ പിൻതലമുറക്കാരാണ് സത്യത്തിൽ ഈ മോമിനുകൾ ഈ മുസ്ലിങ്ങൾ എന്നാൽ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് നേർ വിപരീതം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സ്വയം നിന്നരും നികൃഷ്ടരുമായി തീർന്നിരിക്കുന്നു ഈ ജനത എന്നാൽ തങ്ങൾ മുസ്ലിങ്ങളും മൂമിനുകളും തന്നെയാണ് എന്ന അവകാശവാദങ്ങളിൽ ഈ സമൂഹം ഒട്ടും കുറവും വരുത്തുന്നില്ല അതാണ് വേറെ രസം ഞങ്ങൾ ഒറിജിനൽ മുസ്ലിങ്ങൾ തന്നെയാണ് ഒറിജിനുകൾ മൂമിനുകൾ തന്നെയാണ് ഒറിജിനൽ മുവഹിദുകൾ തന്നെയാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഈ രണ്ട് വൈരുദ്ധ്യം നിലനിൽക്കുമ്പോൾ ഒരു ശരാശരി ചിന്തിക്കുന്ന മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്നത് എവിടെയോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലാണോ അള്ളാഹു പഠിപ്പിച്ച ഈ അധ്യാപനങ്ങളിലാണോ കുഴപ്പം അതല്ല ആ അധ്യാപനങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നതിലും പ്രവർത്തന കൊണ്ടുവരുന്നതിലുമാണോ എന്ന് അടിയന്തിരമായി പരിശോധിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇനിയും ഈ രൂപത്തിൽ മുന്നോട്ടു പോയാൽ ഒരു സമൂഹത്തിൻ്റെ ഭാവി തന്നെ തകർന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ആദ്യം എന്താണ് മുസ്ലിം ഞാൻ സലാത്തിലേക്ക് വരാം എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കണം നല്ല വരാം വലിയൊരു വിഷയമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്കറിയാം ആ വിഷയത്തോട് എത്രമാത്രം നീതി പുലർത്താൻ കഴിയും എന്നെനിക്കറിയില്ല എന്നാലും എൻ്റെ ചെറിയ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കാം മുസ്ലിം മോമിൻ എന്നീ പദങ്ങളുടെ അർത്ഥം മുസ്ലിം മോമിന് എന്ന പദങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ സുരക്ഷ നൽകുന്നവൻ എന്നും മോമിൻ എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്നവൻ എന്നുമാണ് അതായത് ഈ രണ്ട് പദങ്ങളുടെ അറബി ലേശം വ്യാ ഭാഷ പറയാം അഫുഅൽ അതായത് ഇഫ്ആൽ രൂപത്തിലാണ് ഈ ക്രിയ വന്നിട്ടുള്ളത് അഫുഅലു ഇഫ്ആാൽ എന്ന മസ്തർ വരുന്ന രൂപത്തിലാണ് ഇഫ്ആൽ എന്ന് പറഞ്ഞാൽ അധിക സന്ദർഭങ്ങളിലും മറ്റുള്ളവരിലേക്ക് ഈ ക്രിയ വിട്ടുകടക്കും ഇപ്പം നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്ന പോലെ അമിന എന്ന് പറഞ്ഞാൽ സമാധാനം സ്വയം ഉൾക്കൊണ്ടു അമന എന്ന് പറഞ്ഞാൽ അതിന് അമന എന്നുള്ളതിനെയാണ് ആ എന്ന് പറയാ മറ്റുള്ളവർക്ക് സമാധാനം നൽകി എന്ന പോലെ സലിമ ഇൻ അത്തല്ലാഹുബിഖിൻ സലീം സലിമെന്ന് സ്വയം സുരക്ഷിതനായി നാം മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകി ഇതാണ് ഈ പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം അപ്പം മുസ്ലിം മോമിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സുരക്ഷ നൽകുന്നവൻ മറ്റുള്ളവർക്ക് സലാം നൽകുന്നവൻ ആരോ അവൻ മുസ്ലിമും സുരക്ഷിതത്വം മറ്റുള്ളവർക്ക് അമന് അതായത് നിർഭയത്വവും സമാധാനവും നൽകുന്നവൻ ആരോ അവൻ മോമിനും ആണ് എന്ന് മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടി ഇതിനെ വ്യക്തമാക്കി പറഞ്ഞാൽ മാനവരാശിച്ച് അതായത് ലോകത്തിന് സുരക്ഷയും സമാധാനവും നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കണം സത്യത്തിൽ മുസ്ലിമും മോമിനും അവനാണ് മുസ്ലിമും മോമിനും എന്ന് പറയുന്നത് അല്ലാതെ അബ്ദുള്ള എന്ന് പേരിട്ട് അറബികളുടെ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവനല്ല അല്ലെങ്കിൽ അറബിയിലുള്ള പേർഷ്യയിലുള്ള ഏതെങ്കിലും ഒരു പേരിട്ട് അറബികളുടെ കുറച്ച് പ്രാദേശികമായ അനുഷ്ഠാന ആചാരങ്ങൾ ചെയ്യുന്ന ആളല്ല സത്യത്തിൽ മുസ്ലിമും ഓമിനും ഖുർആൻ സമൂഹ മദ്യത്തിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ് ആണല്ലോ പേ എടുക്കുന്നത് ഇതിപ്പോൾ സമൂഹ മദ്യത്തിൽ ഈ ഖുർആൻ നമ്മൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഈ മുഖ്യധാരയുണ്ടല്ലോ ആ മുഖ്യധാരയിൽ നിന്നും വേറിട്ട് ചെറിയ ഒരു പാർട്ടി രൂപീകരിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചു ഒരു പാർട്ടി രൂപകീകരണമല്ല അപ്പൊ ഈ പൊതുസമൂഹത്തിൽ നിന്നും വേറിട്ട് ഒരു കൊച്ചു പാർട്ടി രൂപീകരിക്കും എന്നിട്ട് നമ്മളും കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളും കുറച്ച് മതപരമായ ചടങ്ങുകളും അങ്ങനെ ഒരു സംഘടന ഇതല്ല കുറുകാനെ ലക്ഷ്യം പൊതുസമൂഹ ത്തിലെ നന്മയും സമാധാനവും കാക്ഷിക്കുന്ന ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെക്കുന്ന എല്ലാ നല്ല മനുഷ്യരും ഈ കുർആാനിൻ്റെ ഭാഗമാണ് അവരൊക്കെ ഈ കുർആാൻ ഉദ്ബോധനം ചെയ്യുന്ന ആ ആശയത്തിൻ്റെ ഭാഗമാണ് അവരൊക്കെ അങ്ങനെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സകലരും സഹോദരങ്ങളുമാണ് അവര് സഹോദരങ്ങളുമാണ് അല്ലാതെ ഈ കുർആാൻ പറയുന്ന അല്ലെങ്കിൽ ഖുർആാൻ പ്രപ്പകേഷൻ നടത്തുന്ന ഇതിൻ്റെ പ്രചരണം നടത്തുന്ന കുറച്ച് അറബിപ്പേരിട്ട ഒരു പത്തിരുപത് ആളുകളോ പത്തോ നൂറോ ആളുകളോ സംഘടിച്ച് അതൊരു പാർട്ടി രൂപീകരിക്കുക ഇതല്ല ഖുർആൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ആശയങ്ങളെയും വിശ്വാസങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുക എന്നതും ഖുർആാനിൻ്റെ ലക്ഷ്യമല്ല ഗുണകാംക്ഷ നിറഞ്ഞതാണെങ്കിൽ ആ എതിർത്ത് തോൽപ്പിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രങ്ങളോ ആശയങ്ങളോ ലോകത്തിൻ്റെ ഗുണകാംശ പ്രതീക്ഷിക്കുന്ന ഗുണകാംശ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ആണെങ്കിൽ പ്രത്യേകിച്ചും അവയെ എതിർക്കുക എന്നോ നശിപ്പിക്കുക എന്നതോ കുറുആാനിൻ്റെ ലക്ഷ്യമല്ല അവയെ നിലനിർത്തുക അവയെ പരമാവധി സ്ഥാപിക്കുക എന്നതാണ് കുറുആാനിൻ്റെ ലക്ഷ്യം എന്നു ഞാൻ എൻ്റെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ആമുഖമായി ഞാൻ പറയുന്നു മനുഷ്യരൊക്കെ ഒരൊറ്റ ഉത്തമ സമൂഹമായി തീർന്നു കുരാൻ പറയണെ കാനൻ നാസു ഉമ്മത്തം വാഹിത അങ്ങനെ ഒരു ഉത്തമ സമൂഹമായി തീർന്നപ്പോൾ ഒരൊറ്റ സമൂഹ ഒരൊറ്റ സമൂഹമായി തീർന്ന അന്ന് മുതൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും മുന്നറിയിപ്പ് നൽകുന്നവരായും പ്രവാചകന്മാരെ നിയമിച്ചു തുടങ്ങി കാരണം അവരിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും മനൈക്യങ്ങളും തുടങ്ങിയപ്പോൾ അവരെ ഒരുമിപ്പിക്കാൻ വേദങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി ആ പ്രവാചകന്മാരെ അയ അയക്കാൻ തുടങ്ങി ആ ദൂതന്മാരുടെ കൂടെ അൻസല മാഹുൽ അൽ ബിൽ ഹക്കി പരമസത്യം കൊണ്ട് അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ ഉണ്ട് അല്ല ഹദീസുകളും മറ്റു കുറു ദൈവിക വേദങ്ങളും അല്ലാത്തതൊക്കെ അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ അപൂർണ സത്യങ്ങളോ ഒക്കെ അടങ്ങിയ അതാണ് അത് ഒരു പ്രമാണമല്ല അങ്ങനത്തെ വേദങ്ങളല്ല അള്ളാഹു കൊടുത്തയക്കാറുള്ളത് എന്നാ അർദ്ധസത്യങ്ങൾ അടങ്ങിയത് കൊടുത്തയേക്കാറില്ല അസത്യങ്ങളടങ്ങൾ കൊടുത്തയേക്കാറില്ല മിഥ്യകൾ കൊടുത്തയേക്കാറില്ല മിഥ്യകളടങ്ങിയ വേദങ്ങളൊന്നും കൊടുത്തയക്കാറില്ല അതുകൊണ്ട് തന്നെ രണ്ടാം പ്രമാണത്തിൻ്റെ ആളുകൾ അവകാശപ്പെടുന്നുണ്ട് അവരെന്നെ അവകാശപ്പെടുന്നുണ്ട് ഇത് പൂർണ്ണ സത്യമല്ല ഇതിൽ അസത്യങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ട് ചിലതൊക്കെ അർദ്ധസത്യങ്ങളുമാണ് ചിലതൊക്കെ മിത്യകഥകളാണ് ചിലതൊക്കെ ഇസ്രായേലിയത്തുകളാണ് അതായത് കെട്ടുകഥകളാണ് ഐതിഹ്യങ്ങളാണ് പലതും എന്ന് അവകാശപ്പെടുന്നുണ്ട് അവർ തന്നെ അപ്പൊ അത്തരം അസത്യങ്ങളോ ഐതിഹ്യങ്ങളോ മെത്തുകളോ അപൂർവ സത്യങ്ങളോ അടങ്ങിയതൊന്നും പ്രമാണമല്ല അത് ദൈവത്തിൻ്റെ പ്രമാണമല്ല മറ്റാരുടെയെങ്കിലും പ്രമാണങ്ങളായിരിക്കും പക്ഷെ അതിനെക്കുറിച്ച് നമുക്കിവിടെ ചർച്ചയില്ല പ്രമാണമല്ല അതൊന്നും അങ്ങനെ ജനങ്ങൾ ഭിന്നിച്ച കാര്യത്തിൽ അവരുടെ കൂടെ പരമമായ സത്യം കൊണ്ടുള്ള ഒരു വേദവും ഇറക്കിക്കൊടുത്തു ലി യഹകുമൈനാസി ആ വേദം അവർക്കിടയിൽ വിധിക്കാൻ വേണ്ടി ഫീമഹ്തി അവർ ഏത് കാര്യത്തിലാണ് ഭിന്നിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ അപ്പൊ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ അന്ധസത്ത ഉൾക്കൊള്ളുന്നതിലുണ്ടായ വീഴ്ചയും മനുഷ്യനിർമ്മിത കെട്ടുകഥകളെ ഐതിഹ്യങ്ങളെ വേദമായി തെറ്റിദ്ധരിച്ച് പ്രമാണമാക്കിയതുമാണ് മാനവരാശി ഭിന്നിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മാനവരാശിയുടെ തൗഹീദ് ഏകത്വവും മാനവിക ഐക്യവും നഷ്ടപ്പെടാനുള്ള കാരണം പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദൈവികമായ വേദങ്ങൾ മനസ്സിലാക്കിയോടത്ത് വന്ന പിഴവും വീഴ്ചയും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും പൊട്ടക്കഥകളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഊഹങ്ങളും ഒക്കെ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണ അത് തങ്ങളുടെ പ്രമാണങ്ങളാണെന്നും വിശ്വസിച്ചതിൽ വന്ന തകരാറാണ് മാനവിക മാനവിക സമൂഹം ചിന്ന പോകാനുള്ള ഒരു കാരണം ആ മാനവിക സമൂഹത്തിൻ്റെ ഏക ഏകത്വമാണ് വേദങ്ങളുടെ ശരിയായ വായനയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് അവിടേക്കാണ് നാം സമൂഹത്തെ കൊണ്ടുപോകുന്നത് മനുഷ്യ സമൂഹം ഒന്നിക്കണം ചിന്ന പോയാൽ അവരുടെ പുരോഗതി മുഴുവൻ തടസ്സപ്പെടും അവരുടെ പുരോഗതിക്ക് ചിലവഴിക്കേണ്ട സമ്പത്ത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുന്നു ഞാൻ വിഷയത്തിൽ നിന്നും തെറ്റല്ല ഇത് പറയാതെ സ്ഥലത്തിലേക്ക് കിടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ മാനവായ സമൂഹം ഭിന്ന ഭിന്നമായെന്താ അവർ കലാപങ്ങളിൽ ഏർപ്പെടും കലാപങ്ങളിലേർപ്പെട്ടാലെന്താ അവരുടെ സമ്പത്ത് ആയുധങ്ങൾക്കും വെടിക്കോപ്പുകൾക്കും അവരെ തന്നെ നശിപ്പിക്കാൻ ഉപയോഗി ഉപ ഉപയോഗിക്കേണ്ട ആയുധങ്ങളുടെ നിർമ്മാണത്തിനും വ്യാപനത്തിനും അതിൻ്റെ കച്ചവടത്തിനും അവരുടെ ഭീമമായ സമ്പത്ത് ചിലവഴിക്കപ്പെടുന്നു അവരുടെ പുരോഗതി തകർക്കപ്പെടുന്നു അവരുടെ വൈജ്ഞാനിക പുരോഗതി അവരുടെ ഭക്ഷണം അവരുടെ ആരോഗ്യം അവരുടെ സമാധാനപൂർണമായ ജീവിതം അവരുടെ സുരക്ഷിതത്വം ഇതിനൊക്കെ വിഘാതമായി നിൽക്കും മാനവിക സമൂഹം ചിന്ന ഭിന്നമായിപ്പോയാൽ കലാപങ്ങളിലേർപ്പെട്ടാൽ അനൈക്യത്തിലായിത്തീർന്നാൽ ഈ ഏകത്വത്തിലേക്ക് മാനവരാശിയെ കൊണ്ടുവരണം അതിനാണ് വേദങ്ങൾ വേദങ്ങൾ കൊടുത്തയച്ചത് ആരിലൂടെ അവൻ്റെ പ്രവാചകന്മാരിലൂടെ അവൻ്റെ ദൂതന്മാരിലൂടെ അതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം അതാണ് ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടേ സ്ഥലാത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ആ മുഖമായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ സ്ഥലാത്തിലേക്ക് വരികയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഇന്ന് തന്നെ തീർക്കണമെന്നൊന്നുമില്ല സ്ഥലാത്ത് ഇനിയും നമുക്ക് ദിവസങ്ങൾ വെക്കാം ഇന്ന് തീർന്നത് തീരും ബാക്കി നമുക്ക് പിന്നെയും സംസാരിക്കാം എന്നാലും ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതല്ല കുറുകാൻ കുറച്ച് മുസ്ലിങ്ങൾ കുറച്ച് വേഷം കൊണ്ടും രൂപം കൊണ്ടും സ്വഭാവം പിന്നെ സ്വഭാവം കൊണ്ടും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഒക്കെ നല്ല സ്വഭാവം കൊണ്ടാണ് ശരീരത്തിലെ ചില രോമങ്ങൾ വളർത്തിക്കൊണ്ടും ചില ഭാഗത്തെ രോമങ്ങൾ വടിച്ചു ചില ഭാഗത്തെ ചില രോമങ്ങൾ പറിച്ച് ചില പ്രത്യേക ഭൂപ്രകൃതിയിൽ ജീവിക്കുന്ന ആളുകളുടെ വേഷം എല്ലാ രാജ്യത്തും ധരിക്കണമെന്ന് വാശി പ്രത്യേക ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടും ഇവിടെ ചെയ്യുന്ന ചില ആചാരങ്ങൾ മക്കത്തുപോയി ചെയ്തതുകൊണ്ടും ഇങ്ങനെ വേറിട്ട സമൂഹത്തെ സൃഷ്ടിക്കാനല്ല ഖുർആാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരു സമൂഹം ഒരു സമൂഹത്തെ എന്നാ കുറാൻ സൃഷ്ടിക്കുന്നു ഉണ്ട് തന്നെ ആ സമൂഹം ഏതാണ് ധർമ്മത്തോടും നീതിയോടും സമാധാനത്തോടും എന്നുവേണ്ട എല്ലാവിധ മനുഷ്യ നന്മകളോടും പ്രതിബദ്ധത പുലർത്തുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും നന്മകളോടും പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ധാർമ്മിക സമൂഹം അങ്ങനത്തെ ഒരു സമൂഹ സൃഷ്ടിപ്പ് കുറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പ്രത്യേക സമൂഹത്തെ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ ചില വേഷവിധാനങ്ങളിൽ ചില അറബി പേരുകളിൽ ചില അറബികളുടെ ആചാരങ്ങൾ മാത്രം നിലനിർത്തുന്നതിൽ മാത്രം വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹ സൃഷ്ടിയല്ല അങ്ങനത്തെ ഒരു സമൂഹ സൃഷ്ടിപ്പ് കുർആനിൻ്റെ ലക്ഷ്യമല്ല എന്നാൽ കുർആആാൻ ഒരു സമൂഹ സൃഷ്ടിപ്പ് ലക്ഷ്യം വെക്കുന്നുമുണ്ട് അതെന്താണ് ധർമ്മത്തോട് നീതിയോട് സമാധാനത്തോട് സഹജീവി സ്നേഹത്തോട് കരുണയോട് ഇങ്ങനെ എല്ലാ മനുഷ്യനന്മകൾ ഏതൊക്കെയുണ്ടോ ആ നന്മകളോടൊക്കെ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ധാർമ്മിക സമൂഹം അത് സൃഷ്ടിച്ചെടുക്കുന്നത് ഇന്ന് നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ മതമല്ല മറിച്ച് എല്ലാ മതങ്ങളുടെ മതങ്ങൾക്കും ആശയങ്ങൾക്കും ഉള്ള ഉൾക്കൊള്ളാവുന്ന ഒരു അടിസ്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മിക ശൈലിയാണ് ഒരു ധാർമ്മിക ബോധമാണ് അത് സൃഷ്ടിച്ചെടുക്കുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാം നീതി ആർക്കാ വേണ്ടാത്തത് ഏത് മനുഷ്യനാ നീതി വേണ്ടാത്ത സമാധാനപൂർണമായ ജീവിതം ഏത് മത മതക്കാരനാ വേണ്ടാത്തത് സമൂഹ സൃഷ്ടിപ്പ് സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏത് മതവിഭാഗത്തിനാ ഏത് ആശയക്കാർക്കാ വേണ്ടാത്തത് ചില ചൂഷകർക്കും ചില സ്വാർത്ഥത താല്പര്യക്കാർക്കും ഏത് മനുഷ്യനാണ് പക്ഷെ ആത്യന്തികമായി അവർ തന്നെ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും അതവർക്ക് നിർബന്ധമാണെന്ന് കാരണം ഒരു സമൂഹം കലാപബാധിതരായാൽ ഈ ചൂഷകർക്ക് അവർ ചൂഷണം ചെയ്ത സമ്പത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു രാജ്യം മുഴുവൻ കലാപത്തിലേക്ക് വഴുതി വീണാൽ ചൂഷകരായ സ്വാർത്ഥരായ ഒരു ജനത സ്വാർത്ഥതയിലും ചൂഷണത്തിലും കെട്ടിപ്പടുത്ത അവൻ്റെ സുഖസൗകര്യങ്ങളോ സമ്പത്തോ അനുഭവിക്കാൻ ഒരു നിമിഷം പോലും അവന് ജീവിക്കാൻ കഴിയാത്ത അവസരം ഒരു രാസായുധം തുറന്നു വെച്ചാൽ മതി രാജ്യം കലാപകാരികളായ അപ്പം ചൂഷകരും അതുപോലെ തന്നെ സമൂഹത്തിന് ചൂഷണം ചെയ്ത് രക്തം കുടിച്ച് ചോര കുടിച്ച് ജീവിക്കുന്ന ചൂഷകരും അതുപോലെയുള്ള സ്വാർത്ഥമതികളുമായ ആളുകൾ ഭൂരിഭാഗവും അക്രമത്തിലേക്ക് വഴുതി വീഴാത്തത് അവർ നേടിയ അനുഗ്രഹങ്ങൾ കുറച്ചെങ്കിലും അവരൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ അവരും ഈ സമാധാനത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഭാഗവാക്കുകളാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ ഖുർആാൻ ഒരു മതത്തെയോ ഒരു മതത്തിൻ്റെ ആശയപ്രചരണമോ അല്ല കുർഹാൻ നിർവഹിക്കുന്നത് പകരം മുഴുവൻ മാനവരാശിക്കും പ്രയോജനപ്രദപ്രദമാകേണ്ട വിധത്തിലുള്ള ഒരു പ്രായോഗിക പ്രത്യയശാസ്ത്രത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ് കുർആാനിൻ്റെ ലക്ഷ്യം അല്ലാതെ പ്രത്യേകമായ വേഷവിധാനങ്ങൾ അണിഞ്ഞ പട്ടാണികളുടെ വേഷം ധരിച്ച നീണ്ടു വളരെ നീണ്ട ഒരു താടി ധരിച്ച താടിയിട്ട മീശ വടിച്ച കക്ഷം പറിച്ച ശരീരത്തിൻ്റെ ഏതെങ്കിലും ചില പ്രത്യേക ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞ ഇവിടെ കളയേണ്ട മുടി വേറെ ഏതെങ്കിലും പ്രദേശത്ത് പോയി കളയുന്ന ഇവിടെ ചുറ്റുന്ന പ്രദക്ഷിണം ചെയ്യുന്ന ഒരു കെട്ടിടത്തെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പ്രദക്ഷിണം ചെയ്തിട്ട് ഇന്ന് ഇവിടെ കല്ലെടുത്തെറിയുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി കല്ലെടുത്തെറിയുന്ന ഒരു പ്രത്യേക മതത്തെ സൃഷ്ടിക്കാനല്ല മറിച്ച് മാനവരാശിക്ക് മുഴുവൻ പ്രയോജനപ്രദമാകേണ്ട വിധത്തിലുള്ള ഒരു പ്രായോഗികമായ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് വെക്കുകയാണ് കുർആൻ ചെയ്യുന്നത് നോക്കൂ അതിന് തെളിവായിട്ട് അല്ലാഹു രണ്ട് അറുപത്തിരണ്ടിൽ പറയുന്നു ഇന്നല്ല ും എന്താണ് ഈ രണ്ടാറുപത്തിരണ്ട് നിക്ഷയമായും വിശ്വസിക്കുകയും സമാധാനം നൽകിയിരുകയും ചെയ്തിരുന്നവരാകട്ടെ തങ്ങൾക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാകട്ടെ തങ്ങൾ ദൈവത്തിൻ്റെ ദീനിനെ സഹായിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാകട്ടെ അല്ലെങ്കിൽ ഒരു മാറ്റത്തെ സ്വീകരിച്ചവരാകട്ടെ ആര് ദൈവീക നിയമങ്ങളെക്കൊണ്ടും ആ അന്ത്യ പ്രതിഫലങ്ങൾക്കൊക്കെ ഒരു അന്ത്യദിനം ഉണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടും സമാധാനം ഭൂമിയിൽ സ്ഥാപിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി അവർക്ക് സങ്കടപ്പെടേണ്ടി അവർക്ക് വ്യസനിക്കേണ്ടി എന്നാണ് അള്ളാഹു പറയുന്നത് വളരെ ലളിതമായി നമുക്ക് ഈ വചനത്തെ വിശദീകരിച്ചാൽ ഖുർആാനിന്റെ ഈ കുർഹാനിൻ്റെ നമ്മൾ ലളിതമായി ഒന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയും ഒരു വളരെ ലളിതമായ രൂപത്തിൽ ഈ കുർഹാനിന് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരാൾ ജൂതനാകട്ടെ അതായത് തങ്ങൾ സന്മാർഗം നൽകപ്പെട്ടവരാണ് അതാണ് യഹൂദ് ഹിതായത് അവകാശവാദം ഉന്നയിക്കുന്നത് ക്രിസ്ത്യാനിയാകട്ടെ ഞങ്ങളാണ് ദീനിനെ സഹായിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാകട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത് മറ്റേതെങ്കിലും സഭി തൻ്റെ നിലവിലുള്ള പ്രത്യയശാസ്ത്രത്തെ വിട്ട് വേറെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾ തേടിയവനാകട്ടെ ആരായാലും പരമമായ സത്യത്തെ പിന്തുടരുന്ന വ്യക്തിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അവൻ നിക്ഷേക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സമാധാനം നൽകുകയും മനുഷ്യ വേണ്ടി നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാരോ അവൻ അവന് ദൈവത്തിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ടെന്നും ഭയപ്പെടേണ്ടതില്ലെന്നുമാണ് അവന് പക്ഷാത്തപിക്കേണ്ടി തൻ്റെ കഴിഞ്ഞു പോയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രഖ്യാദപ്പിക്കേണ്ടി വരികയോ ദുഃഖിക്കേണ്ടി വരികയോ മനസ്സാക്ഷി കുത്തുണ്ടാകേണ്ടി വരികയോ വ്യസനിക്കേണ്ടി വരികയോ ഇല്ല എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് എന്താ ഇതിൽക്കും നല്ല മാനവരാശിയുടെ നിലനിൽപ്പിനും പ്രായോഗികമായ ഒരു പ്രത്യയശാസ്ത്രം ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഇനി കുർആഅാന് മുന്നോട്ട് വെക്കാനുള്ളത് ആരായിക്കോട്ടെ ആരായിക്കോട്ടെ ആരായാലും പ്രശ്നമില്ല പക്ഷേ മൻ ആമനബില്ലാഹി ദൈവീകമായ വ്യവസ്ഥിതിയിൽ അവൻ മുൻ വെക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കുമുള്ള അവനവനും തിരഞ്ഞെടുക്കുന്നതല്ല ദൈവത്തിനൊരു പരിധി വെച്ചിട്ടുണ്ട് ആ തനിക്ക് ത തനിക്കിഷ്ടപ്പെട്ട നീതിയെ താൻ ചെയ്യേണ്ടത് എല്ലാവർക്കും ബാധകമായ നീതി അതാണ് ദൈവിക നീതി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ദൈവികമായ പരിധിയിൽ നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക സമാധാനം നൽകുക മനുഷ്യ സമൂഹത്തിന് വാമിലുസാലിഹാറ്റി മനുഷ്യന്റെ റീഫോർമേഷനു വേണ്ടി പരിഷ്കരണത്തിനു വേണ്ടി നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക അത്തരം ആളുകൾക്ക് ഫലാഹൌഫൻ അലൈഹിം വലാഹും യഹസനു അവന് ദുഃഖിക്കേണ്ട അവന് വ്യസനിക്കേണ്ട അവന് സങ്കടപ്പെടേണ്ട അവന് പക്ഷാധിക്കേണ്ട താൻ ചെയ്തു പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല താൻ അത് ചെയ്തല്ലോ എന്ന മനസ്സാക്ഷി കുത്തു വേണ്ട കാരണം അവൻ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെല്ലാം അവൻ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെല്ലാം അതുകൊണ്ട് തന്നെ അവൻ മനസ്സാക്ഷി കുത്തില്ല താൻ അത് ചെയ്തല്ലോ അത് വേണ്ടിയില്ലായിരുന്നു അത് തൻ്റെ സഹോദരന് തൻ്റെ സഹോദരിക്ക് തൻ്റെ സമൂഹത്തിന് തൻ്റെ പിതാവിന് തൻ്റെ അയൽക്കാരന് ദോഷമായി തീർന്നല്ലോ എന്ന വ്യസന വ്യസനം സങ്കടം ദുഃഖം അവൻ്റെ മനസാക്ഷിക്കൊത്ത് അവനുണ്ടാവുകയില്ല അവനതിന് പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പ്രതിഫലം അവന് കിട്ടുക തന്നെ ചെയ്യും എന്താ ഖുർആാൻ ഇത്രയും ഇതിനേക്കാളും ഉന്നതമായ ഒരു ആശയം ഇനി എന്താണ് ഖുർആാനെ മുന്നോട്ട് വെക്കാനുള്ളത് എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ എന്താ പറയണത് ഇന്നത്തെ മുസ്ലിങ്ങൾ ഖുർആാനിക പരിഭാഷകളൊന്നെടുത്തു വായിച്ചു നോക്കൂ നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ എന്താണ് കാണാൻ കഴിയുന്നത് ഖുർആാന്റെ മാത്രല്ല ഓരോ മതസ്ഥരും ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആകണം എന്നാലേ മോചനം നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ പറയണ അവരാകണം അവരത്ര തന്നെ പറയണില്ല ഇങ്ങനെ ഓരോ മതസ്ഥരും അവകാശപ്പെടുന്നു ഞങ്ങളാളായാലും എങ്ങൾക്ക് മോക്ഷമുള്ളൂന്ന് ഞങ്ങളുടെ എബിടാളാകണം ഞങ്ങളുടെ പ്രവാചകന്റെ കൂടെ നിൽക്കണം ഇങ്ങനെ പ്രത്യേകമായ ആളുകളായി തീർന്നാലേ മോക്ഷം ഉണ്ടാകുള്ളൂ എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് നമ്മളിപ്പോൾ കുർആാൻ്റെ കാര്യമല്ലേ പോലെയുള്ള മുസ്ലിങ്ങളെ അതുകൊണ്ടാണ് ഇത് അല്ലാതെ ഒരു പ്രത്യേക മതത്തെ മാത്രം മാറ്റി നിന്നുകൊണ്ട് നമ്മൾ കുറ്റം പറയല്ല എല്ലാ വിഭാഗവും അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ ഖുർആനിൻ്റെ പരിഭാഷകളിലൂടെ ഖുർആൻ അപ്പം നമ്മൾ കുർആാൻ ക്ലാസ് ആകുകൊണ്ടാണ് ഈ കുർആാനെ പറയണേ കുർആാന്റെ പരിഭാഷകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്താ ഒരു പ്രത്യേക മതത്തിൻ്റെ അനുയായികൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന രൂപത്തിൽ എഴുതി വെച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം വ്യാഖ്യാനങ്ങളൊന്നും തന്നെ സത്യസന്ധമായി കാര്യങ്ങളെ അന്വേഷിക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി പഠനം നടത്തുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിപ്പോൾ നമ്മൾ കേട്ടല്ലോ രണ്ട് അറുപത്തിരണ്ട് എങ്ങനെയാ അംഗീകരിക്കാൻ കഴിയാം ഒരു ഭാഗത്ത് ഖുർആൻ എന്തു പറയാ ഏതൊരു വിശ്വാസിയാണെങ്കിലും ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുക പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക അംഗീകരിക്കുകയും മനുഷ്യ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവനെ ശിക്ഷിക്കുകയില്ല ദുഃഖിക്കേണ്ടതില്ല അവന് വ്യസനിക്കേണ്ടതില്ല അവൻ എൻ്റെ അടുത്തോക്ക് എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് ഒരു സ്ഥലത്ത് കുറുകാൻ പറയാം എന്നിട്ട് അതേ കുറുകാനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു പ്രത്യേകം മതത്തിൽ പെടണമെന്നും ഒരു പ്രത്യേകമായ പിന്നെ ശരീരത്തിന് വേഷവിധാനങ്ങളിലൂടെയുള്ള സംവിധാനങ്ങൾ വേണമെന്നും ഒരു പ്രത്യേക ജനതയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി മുടികളയണമെന്നും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി മൂരിയറുക്കണമെന്നും ഒരു പ്രത്യേകമായ രൂപത്തിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലെ രോഗങ്ങൾ പറിക്കുകയോ വടിക്കുകയോ നീട്ടുകയോ ചെയ്യണമെന്നും ഒരു പ്രത്യേക നബിയെ മാത്രം എടുത്ത് ദൈവത്തിൻ്റെ അത് ത്തോളമോ അതിനേക്കാൾ ഉയരത്തിലോ ഉന്നതമോ ആയ സ്ഥാനം നൽകണമെന്നും ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അതിന്റെ പട്ടിക എന്നാലും പോരാ തങ്ങൾ പറയുന്ന തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ഗ്രൂപ്പിൽ നിന്നെങ്കിലേ എല്ലാ മുസ്ലിങ്ങൾക്കും മോക്ഷം കിട്ടുന്നു പരിപറിയില്ല ആരാണോ പറയുന്നത് അവരുടെ ഗ്രൂപ്പിൽ പെട്ടണം കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഇപ്പൊ മുജാഹിദീൻ മോക്ഷം കിട്ടില്ല അതിൽ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ പെടണമെന്നാണ് ഓരോരുത്തരും പറയുന്നത് എന്നാലേ മോക്ഷമുള്ളൂ രക്ഷയുള്ളൂ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും മോക്ഷമുണ്ടോയെന്ന് എല്ലാവരും പറയോ അത് പറയില്ല പറയില്ല അവിടെയാണ് നമ്മൾ രസം കിടക്കുന്നത് അങ്ങനെ അവർക്ക് എങ്ങ് പെടണമെന്നും ആ ആചാര ആരാധനയായ നമസ്കാരം നിർവഹിക്കണമെന്നൊക്കെ ഇങ്ങനെ പല രൂപത്തിൽ ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വേഷവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്ന രൂപത്തിലാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അല്ലാത്ത ആളുകളൊക്കെ ഒക്കെ ശിക്ഷക്കർഹരാണെന്നും ഇവർ പറയുന്നു ഈ രണ്ട് വൈരുദ്ധ്യം എങ്ങനെ ഇവർ വെച്ചുപൊറിപ്പിക്കുന്നു എന്നാണ് ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മോക്ഷം കിട്ടൂ എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇന്നീ കാണുന്ന ആചാര അനുഷ്ഠാനമായ പാരമ്പര്യ ആരാധനയായ ഈ നമസ്കാരം ഉടലെടുക്കുന്നത് തന്നെ അതവിടേക്കാണ് ഞാൻ ഈ ആമുഖമായി ഇത്രയും പറഞ്ഞു വന്നത് പൂർവീകരായ മഹാന്മാരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞത് ഉന്നതമായ ഒരു സമൂഹം ഉണ്ടായിത്തീരണമെങ്കിൽ പൂർവീകരായ നമ്മൾ ആലിമീങ്ങൾ പറഞ്ഞതെന്താ ഉത്തമ സമൂഹം ഉണ്ടായിത്തീരണമെങ്കിൽ മുസ്ലിം മുമ്പത്ത് ഉത്തമ സമൂഹമായിത്തീരണമെങ്കിൽ ഈ ആചാരാനുഷ്ഠാനമായ നമസ്കാരം അവശ്യമാണ് അത്യാവശ്യമാണ് എന്ന് അതോടൊപ്പം ഇവർ ഒരുമിച്ച് സമ്മതിക്കുകയും ചെയ്യുന്നു ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വച്ചാൽ ഈ നിക്കാരം ഈ ആചാരാനുഷ്ഠാനം ഒരു ഉത്തമ സമൂഹമായി തീരണമെങ്കിൽ നിർബന്ധ പക്ഷെ അത് പറയുമ്പോ തന്നെ അവർ പറയുന്നതേ ആ നമസ്കാരത്തിന്റെ രൂപമോ ആ നമസ്കാരത്തിൽ ചെല്ലേണ്ട കാര്യങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഒന്നും കുറയാനെന്ന് കിട്ടൂല ഒന്നും കുറയാനെന്ന് കിട്ടൂല അതോടൊപ്പം ഇവര് പറയും ഈ ആചാര നമസ്കാരം ദീനിന്റെ അടിസ്ഥാന സ്തംഭമാണെന്നും പറയും പക്ഷേ ആ അടിസ്ഥാന സ്തംഭം സ്തംഭമായ ഈ സ്വലാത്ത് സ്വലാത്ത് എന്ന് നമ്മൾ പറയുന്നത് ഇവരെ ആചാരാനുഷ്ഠാനമായ ഈ നമസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ രൂപമോ അതിൻ്റെ രീതിയോ അതിൻ്റെ മറ്റു വിശദാംശങ്ങളോ അത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ ഒന്നും ഖുർആനിന്നെ അവിടൊന്നും കിട്ടൂലെന്ന് പറഞ്ഞു അതിനെന്തു വേണം ബുഹാരി മുസ്ലിം പോലെയുള്ള പാരമ്പര്യ റിപ്പോർട്ടകരെയും നാം ആശ്രയിക്കണമെന്നാണ് ഇവർ വാദിക്കുന്നത് ബുഹാരിയെ പോലെയുള്ള മുസ്ലിമിനെ പോലെയുള്ള അബുദാബുദിനെ പോലെയുള്ള ഈ പാരമ്പര്യ റിപ്പോർട്ടകരുണ്ടല്ലോ ഹദീസ് റിപ്പോർട്ടകർ എന്ന് പറയുന്ന ആ റിപ്പോർട്ടകരുടെ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചെങ്കിലേ അതിൻ്റെ രൂപം നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് ഇവർ പറയുകയും അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന കർമ്മം അടിസ്ഥാന കർമ്മമാണ് സലാത്തിൽ എന്നില്ല നമ്മൾ ഒരിക്കലും ഞാൻ വിയോജിക്കുന്നില്ല എൻ്റെ ക്ലാസ് കേൾക്കുന്ന ചില ആളുകൾക്ക് സലാത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വല്ലവർക്ക് അഭിപ്രായം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അടിസ്ഥാനപരമായ കാര്യമാണ് ഇസ്ലാമിൻ്റെത് സലാത്തി എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം അപ്പോൾ അത് പാരമ്പര്യവാദികളും സമ്മതിക്കുന്നു അടിസ്ഥാന സ്തംഭമാണ് സലാത്തി എന്നുള്ളത് അവർ എത്രമാത്രം പറയുന്നതാണ് അവർ മുസ്ലിമിനും അമുസ്ലിമിനും ഇടയിലെ ഏക വ്യത്യാസം നമസ്കാരമാണെന്ന് അവർ പറയുന്നു അപ്പോൾ ഇത്രയും അടിസ്ഥാനപരമായ ഒരു കർമ്മത്തിൻ്റെ ഘടനയോ വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണത്തിൽ ഒന്നും പ്രതിപാദിക്കുന്നില്ല ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് അടിസ്ഥാന വേദത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നുമില്ല എവിടുന്ന് തുടങ്ങണം ഇല്ല ആദ്യം എന്ത് ചെയ്യണം ഇല്ല പിന്നെന്ത് ചെയ്യണം ഇല്ല ആ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ചൊല്ലണം അതില്ല ഇതൊന്നുമില്ല പക്ഷേ ഈ അടിസ്ഥാന സ്തംഭം ആയ ഇത് നിർവഹിക്കണം മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതിന് എത്ര കഥ ഉണ്ടാക്കിയിരിക്കുന്നത് ഞെബിനെ ആകാശത്തേക്ക് കൊണ്ടവലും അവിടുന്ന് താഴെക്കിറക്കലും ജബിലിയിൽ ഇങ്ങോട്ട് വരലും മേപ്പെട്ടു പോക്കും ഇവിടെ മനുഷ്യ വേഷത്തിൽ വന്ന് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കല്ലോ ഈ കഥകളൊക്കെ തന്നെ അറിയാതെ കണ്ടാൽ തന്നെ നമുക്കറിയില്ലേ എന്നാ സലാത്ത പൂർവ്വ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടേനു ഈ സലാത്ത് എന്നാ ജിബിരി പഠിപ്പിക്കുന്നത് ആർക്കും സലാത്ത അറിയില്ല എന്നും വരുമാറ ഈ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയതെന്ന് ഒരു ശരാശരി ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാം ഇത് പിന്നെ ഇസ്ലാമിൽ കടത്തി പിന്നീട് ചേർത്തതാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് സഹോദരങ്ങൾ വ്യക്തമായ തെളിവാണ് ഇതൊക്കെ തന്നെ ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണത്തിലുള്ള മൗലിക തത്വങ്ങളെ പാടെ അവഗണിച്ചും അതിലില്ലാത്ത നിരവധി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കെട്ടിച്ചമച്ച് അതിൻ്റെ പേരിൽ ദുർവാശിയും നിബന്ധന നിർബന്ധങ്ങളും വിശ്വാസികളുടെ മേൽ കെട്ടിയേൽപ്പിച്ച് അവരെ വീർപ്പ് മുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ലോകത്തിന് മുഴുവൻ ഗുണകരമായേക്കാവുന്ന തികച്ചും പ്രായോഗികമായ ഖുർആാൻ്റെ എല്ലാ അടിസ്ഥാന നിർദ്ദേശങ്ങളെയും തൃണവൽഗണിക്കുകയും പകരം തികച്ചും അപ്രായോഗികവും മനുഷ്യത്വവിരുദ്ധവും യുക്തിരഹിതവുമായ അനേകം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിക്തൃതകളും ദുഃഖകളും വേഷവിധാനങ്ങളും പകരം വെച്ച് വിശ്വാസികളെ ചൂഷണത്തിനും പീഡനത്തിനും പൗരോ പുരോഹിത വർഗം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അത് ലേശം എൻ്റെ സംസാരത്തിൽ ലേശം അധിക ക്ഷമിക്കണം പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ ടിസ്ഥാനപരമായി അവരെ ചെയ്യേണ്ട അടിസ്ഥാന വളരെ മർമ്മപ്രധാനമായ കർത്തവ്യങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് അവരുടെ പുരോഗതിയെ മുഴുവൻ പിന്നോട്ട് വലിച്ച് അപ്രായോഗികമായ അടിസ്ഥാനമല്ലാത്ത യാതൊരു സ്ഥാനവുമില്ലാത്ത കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം മുഴുകി അതിൽ മാത്രം ഇവരെ കുരുക്കിയിട്ട് ഇവരെ ചൂഷണത്തിനും പീഡനത്തിനും അടിമത്തത്തിനും ഈ സമൂഹത്തെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ മുസ്ലിം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ മുസ്ലിങ്ങളുടെ തന്നെ ഈ അവരുടെ തന്നെ സുഖ സൗകര്യങ്ങൾ പൊതുസമൂഹത്തിന് മനുഷ്യ അവരുടെ തന്നെ സമൂഹത്തിനും മുഴുവൻ മനുഷ്യർക്കും മുസ്ലിങ്ങളുടെയെങ്കിലും നന്മക്ക് അവരുടെ തന്നെ സമ്പത്തും അവരുടെ തന്നെ അധ്വാനങ്ങളും അവരുടെ തന്നെ പ്രവർത്തനങ്ങളും ചിലവഴിച്ചിരുന്നെങ്കിൽ ഈ മുസ്ലിങ്ങളെ ഇന്ന് പിടിച്ചാൽ രൂപത്തിൽ അവർ പുരോഗതിയിലേക്ക് നീങ്ങിയു ഇതൊക്കെ തകർത്ത് ഇതിനു വേണ്ടി ഇവരാശ്രയിക്കുന്ന റിപ്പോർട്ടുകളുടെ അവസ്ഥയെടുക്കുകയാണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് കളവുണ്ട് എന്ന് അറിയില്ല എന്നതാണ് വാസ്തവം ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കെന്നെ അറിയില്ല അതുകൊണ്ടാണല്ലോ ആറ് ലക്ഷം റിപ്പോർട്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം കളഞ്ഞു അയാൾക്ക് തന്നെ അറിയില്ല ഇതിൽ എത്രമാത്രം സത്യമുണ്ട് അസത്യമുണ്ട് എന്നുള്ളത് പിന്നെ എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതാണ് പോയിന്റ് ഫൈവ് ഇവിടെ നിലനിർത്തിയത് പോയിന്റ് ഫൈവ് അഞ്ച് ശതമാനമും പോലുമില്ല പോയിൻറ്റ് ശതമാനമാണ് ആകുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഇത് പറഞ്ഞു കൊടുത്ത തൊണ്ണൂറ്റി ശതമാനം ജനങ്ങളെയും ഈ റിപ്പോർട്ടകന്മാർ തന്നെ വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ചുരുക്കി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ ഈ നാട്ടിൽ ഒരുപാട് ആളുകളിൽ നിന്ന് വാർത്ത ശേഖരിച്ചു ഞാൻ തന്നെ മുഴുവൻ തള്ളിക്കളഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ എനിക്ക് വിശ്വാസമില്ലാന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അയാൾക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അവിശ്വസിച്ചു ആ അവിശ്വാസത്തിലേക്കാണ് ഈ ഇത്തരം റിപ്പോർട്ടകന്മാർ തന്നെ ആ സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ നമ്മുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് ഇവരെത്തിച്ചിട്ടുള്ളത് ഇവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഇവർ തന്നെ ഓരോ റിപ്പോർട്ടിൻ്റെയും അവസാനത്തിൽ ഇവർ പറയും ഔ കമാലൈ വസ്ലം എന്ന് ഓരോ ഹദീസ് പറഞ്ഞിട്ടും പറയും കമാകാല പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നതുപോലെ ഉറപ്പില്ല ഇങ്ങനെ ഒരു വാചകം എല്ലാത്തിന്റെയും അവസാനം വരൂ പ്രത്യേകിച്ച് സുന്നിയളെ വയൽ കേട്ടൊക്കെ അറിയാം ഔ കമാലാഹു അലഹി വസ്ല്ലം എന്ന് പറയും അപ്പോ ദൈവികമായ മാർഗനിർദ്ദേശത്തെ കുറിച്ച് ഉറപ്പില്ല എന്നത് തന്നെ എന്തൊരു വിരോധാഭാസമൊന്ന് മാത്രവുമല്ല യാതൊരു അതും വളരെ മോശമായൊരു വാക്കാണ് യാതൊരു ലജ്ജയും ഇത്തരം റിപ്പോർട്ടുകൾ ഹദീസുകൾ പ്രവാചകനിലേക്ക് ഇവർ ചേർത്ത് പറയുകയും ചെയ്തു പറഞ്ഞക്കനാണ് പ്രവാചകനാകട്ടെ സത്യത്തിൽ ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും നുണകളെയും തകർക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം എന്നിട്ട് ആ പ്രവാചകനിലേക്ക് തന്നെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഊഹങ്ങളും മിത്തുകളും ആ പ്രവാചകനിലേക്ക് തന്നെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ റസൂലിലേക്ക് തന്നെ ഇത് ചേർത്തു വെച്ചു എന്നുള്ളത് വേറൊരു വിരോധാഭാസം ഹദീസുകളെ കുറിച്ചുള്ള അത് ഇത്തരം റിപ്പോർട്ടുകളെ ഒരു ചെറിയ കാര്യമൊന്നും വിശദീകരിക്കാത്ത സ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഈ കാരണം ഈ സലാത്ത് പറയുമ്പോൾ ഈ അപ്പം ഈ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ തള്ളുകയാണോന്ന് വലിയൊരു സംശയം വരും സലാത്തിലേക്ക് ആ നേരാണ് കടന്നാൽ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒരു ലേശം വിശദീകരിക്കാതെ സലാത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല ഹദീസിൻ്റെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് അവർ കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട് എന്നാൽ സംശയം തീരും ഹദീസുകൾ പേരിൽ ഇവർ റിപ്പോർട്ട് ചെയ്ത പരമ്പരകൾ ോ കാലഘട്ടത്തിലെയും ആയിരക്കണക്കിന് ആളുകളിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമേ അറിയുമായിരുന്നു എന്നുള്ളതാണ് സത്യം മൂന്നാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണെങ്കിൽ അത് മഷഹൂറാണ് പേരെന്നെ പറയാൻ പറ്റൂല മഷഹൂർ തന്നെ പ്രസിദ്ധമായത് ഫേമസ് ആയത് അറിയപ്പെട്ടത് ഒരു രാജ്യത്ത് മൂന്നാൾ മാത്രം അറിയുന്ന സംഗതി എങ്ങനെ മഷഹൂറാവും എനിക്കറിയാം മാക്സിമം റിപ്പോർട്ട് ചെയ്തത് മൂന്നാളിന്നാണ് ഒരു ഹദീസ് അത്തരം ഹദീസുകളാണ് മഷഹൂറായ ഹദീസ് എന്നവര് പറയുന്നത് മഷൂർ ഒരു രാജ്യത്തെ ജനങ്ങളെ എന്താ എനിക്ക് അതായത് അതിൻ്റെ പൊട്ടത്തരാലോചിട്ട് ചേർച്ചു അവരെ കളിയാക്കിയിട്ടല്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഒരു രാജ്യത്തെ ജനത ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത അതിൽ മൂന്നാൾക്ക് മാത്രം അറിയണ ഒരു സംഗതി എങ്ങനെ മഷൂറാക മൂന്നാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ മഷൂറായ ഹദീസ് അല്ലെങ്കിൽ ഹദീസ് റിപ്പോർട്ടകന്മാരോട് പോയി നിങ്ങൾ ചോദിച്ചോക്കി മഷൂറായ ഹദീസ് എന്ന് പറഞ്ഞാൽ എത്രയാൾ എത്രയാളിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾക്ക് മാത്രം അറിയുമായിരുന്നു എന്നുള്ളത് ഒന്നും വേണ്ടപ്പീ നാട്ടില് സലാത്തിനെ കുറിച്ച് എത്രയാൾക്ക് അറിയാം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ നിസ്കാരത്തെ അറിയാം മൂന്നാളിന്നാ റിപ്പോർട്ട് ഒരു പള്ളിയിൽ പോയിരുന്നാൽ തന്നെ നിസ്കാരം കിട്ടൂലേ എന്നിട്ട് ഈ നിസ്കാരത്തിൻ്റെ രൂപത്തിന് അങ്ങോട്ടേക്കൊടി കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ ഇങ്ങനെ നീണ്ട് യാത്ര വർഷങ്ങൾ യാത്ര മാസങ്ങൾ യാത്ര ചെയ്യണോ മക്കത്തെ പള്ളിയിൽ പോയിരുന്നാൽ തന്നെ കിട്ടൂലേ ഒരു ദിവസം വേണോ സലാത്തിൻ്റെ രൂപം ഒരു നോമ്പുകാലം പോയാൽ നോമ്പിൻ്റെ മുഴുവനായില്ലേ ഒരു ഹജ്ജിന് പോയാ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ ആയില്ലേ അത് മുഴുവൻ എഴുതി വച്ചാ പോരെ ആണ് കിലോമീറ്റർ ആൻ കിലോമീറ്റർ ആൻ കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് കിലോമീറ്റർ മാസങ്ങളോളം മാസങ്ങളോളം ഞാൻ അലഞ്ഞു തോന്നുന്നു എന്ത് മാസങ്ങളോളം അലയണം അന്ന് ലോകത്താരും മുസ്ലിങ്ങളില്ലേ എന്താ ഇപ്പൊ അറിയണേ എനിക്കറിയില്ല സഹോദര എഴുതി വെടുത്തോ അപ്പൊ എന്താണ് ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഇത് പറഞ്ഞിട്ടേ സലാഹത്തിലേക്ക് വരാൻ പറ്റുമോ അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന അനുഷ്ഠാന കർമ്മങ്ങളാണെന്ന് പറയുന്ന നമസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയെ കുറിച്ചെല്ലാം ബഹുഭൂരിപക്ഷത്തിനും അറിയുക പോലും എന്നല്ലേ ഇവർ പറയുമ്പോ ഈ പറയുന്നതിൽ നിന്ന് കാരണം എല്ലാവരും അനുഷ്ഠിച്ചു പോരുന്നതും എല്ലാവർക്കും അറിയുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പുതിയ റിപ്പോർട്ടകരെ രംഗത്തിറങ്ങി ത്യാഗം ചെയ്ത് അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ് ആരാണ് ഈ അളയം നിയോഗിച്ചത് ഏത് ഭരണകർത്താവ നിയോഗിച്ചത് ആരാണ് നിയോഗിച്ചത് അല്ല നിയോഗിച്ചോ നീ ഇങ്ങനെ ഇസ്ലാമിനെ രണ്ടാം പ്രമാണം എഴുതി വെക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞോ ആരാണ് കുര്ഹാനിന് ഭാഷ്യം ചമക്കാൻ ഒരു പതിനൊന്ന് വയസ്സുകാരനോട് ആവശ്യപ്പെട്ടത് ഉന്നതമായ ഒരു വേദത്തിന് ഭാഷ്യം ചമക്കാൻ ഉന്നതമായ ദർശനത്തിന് ഒരു ദാർശനികമായ മാനവരാശിയുടെ മോചനത്തിന് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന് ഭാഷ്യം ചമക്കാൻ പതിനൊന്ന് വയസ്സുകാരനോട് ആരാവശ്യപ്പെട്ടു ആരാവശ്യപ്പെട്ടത് എന്നിട്ട് ഇവര് കുർആാനാണോ ഭാഷ്യം ചമച്ചത് അതുമല്ലല്ലോ ഖുർആാനിനാണോ വ്യാഖ്യാനം അതല്ല ഒരു പ്രത്യയശാസ്ത്രത്തിനാണ് വ്യാഖ്യാനിച്ചത് നബി എങ്ങനെ തൂറാനിരുന്നു നബി എങ്ങനെ കക്കൂസിൽ പോയി നബി അങ്ങനെ മൂത്രിക്കാനിരുന്നു നബി എങ്ങനെ ചോറ് വഹിച്ചു നബി അങ്ങനെ ഒട്ടകത്തിന്റെ മുകളിലൊരു ഭാഗം ചെറിഞ്ഞിട്ടാണോ പിന്നെ നേരെയാണോ എരുന്നിരുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ കുഞ്ഞിരുന്നോ കുനിഞ്ഞിരുന്നില്ലേ എങ്ങനെ ഇതാണോ അന്വേഷിച്ച് കണ്ടെത്തു വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോകളൂ അല്ലെങ്കിൽ ആ കാര്യം അങ്ങനത്തെ കുറച്ച് പറയാനുള്ളു എനിക്ക് അപ്പോ ആരാ ഏൽപ്പിച്ചത് ആവശ്യം എന്തായിരുന്നു ഇങ്ങനെ പതിനൊന്ന് വയസ്സുകാരൻ ഖുർആാനിന് ഉന്നതമായൊരു ഗ്രന്ഥത്തിന് ഭാഷ്യം ചമക്കാൻ ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇത്രയും വ്യാപകവും നിർബന്ധവുമായി അനുഷ്ഠിച്ചു പോരുന്ന കർമ്മങ്ങളെക്കുറിച്ച് ഈ റിപ്പോർട്ടന്മാരോട് സംസാരിക്കാൻ അന്നത്തെ ജനങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിനും കഴിയാതെ പോയത് വിരലില്ലെന്നാവുന്ന ചിലർക്ക് മാത്രം ഇതിനെക്കുറിച്ച് അറിവുണ്ടായതും ഇവരെ കണ്ടെത്താൻ തന്നെ വളരെയധികം സഞ്ചരിക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യേണ്ടി വരികയും ചെയ്തത് എന്തുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി അവിടുത്തെ ആളുകളോട് ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ പോയി റിപ്പോർട്ടറോട് ചോദിച്ചു മനസ്സിലാക്കിയാ പോരെ അവിടുത്തെ ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കിയാ പോരെ പരിശുദ്ധ ഖുർആാനും തിരുസുന്തുകളും മുസ്ലിം ആയിരിക്കുന്ന ആ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം അറിയണമേ നിർബന്ധല്ലേ പ്രത്യേകിച്ചും ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളല്ലേ അവര് എന്നിരിക്കെ നിർബന്ധം ഈ റിപ്പോർട്ടർമാർ ആശ്രയിച്ചത് വിരലിൽ എന്നാവുന്ന ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം എന്തുകൊണ്ടാണ് സംശയിക്കേണ്ടതാണ് അതൊക്കെ കാരണം ഖുർആാനും സുന്നത്തും എല്ലാ ജനങ്ങൾക്കും അറിയണം പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിലെ പ്രവാചകന്റെ അനുചരന്മാരുടെ അനുചരന്മാരുടെ അനുചരന്മാരുമായി പിൻ പിൻ പിൻതലമുറയുടെ പിൻതലമുറയുടെ പിൻതലമുറകളാണ് അവര് അപ്പൊ സത്യത്തിൽ ഖുർആാനും തിരുസുന്നത്തും അവർക്ക് ഓരോ വ്യക്തിക്കും അറിയേണ്ടിയിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇവര് ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ആശ്രയിച്ചത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ പ്രഭാവ അത് മറ്റൊരു കാര്യം നമുക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയും ഇരുന്നൂറോളം വർഷമായി അത് വിജയകരമായി പ്രവർത്തിച്ചു വരികയും അജയ്യമായി തുടരുകയും ചെയ്യുന്ന സമയത്ത് അതിൽ വ്യാപകമായ മാറ്റിത്തിരുത്തലുകൾക്ക് കാരണമായ ഈ ഹദീസുകൾ എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ എന്തിനുണ്ടാക്കി ആരാണ് അദ്ദേഹത്തിന് അതിനെ നിയോഗിച്ചത് എന്തിനാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു ഇസ്ലാമിൻ്റെ പ്രഭാവകാലമാണ് ഇസ്ലാം അജയ്യമായി തുടരുന്ന കാലഘട്ടമാണ് ഇരുന്നൂറോളം വർഷമായിട്ടേ ഉള്ളൂ അത്ര ഇസ്ലാം അജയ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം അജയ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ തന്നെ മാരകമായ വ്യാപകമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ ഈ റിപ്പോർട്ടുകൾ ആരുണ്ടാക്കി എന്തിനുണ്ടാക്കി ആരോടുണ്ടാക്കാൻ പറഞ്ഞു ആരാണ് ഏൽപ്പിച്ചത് ആരാണ് ഭാഷാപരവും തികച്ചും അന്യരായ വിദേശികളെ ഇതിനെ നിയോഗിച്ചത് ഭാഷാപരമായിട്ട് ഇവർ ഇതിനോട് ബന്ധമല്ല ോട് ഇതിന് ബന്ധമില്ല അപ്പൊ തികച്ചും വിദേശികളും വിദേശികളായ ദേശത്തോടുള്ള കൂറുകൊണ്ട് അല്ല ഭാഷയോടുള്ള കൂറില്ല കാരണം ഭാഷാപരമായിരിക്കും ഈ അറബിയോട് ബന്ധമില്ല അങ്ങനത്തെ തികച്ചും വിദേശികളായ ഇറാന്റെയും ബോർഡറുകളിൽ നിന്ന് സോവിയറ്റ് റഷ്യയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് നൈസാപൂറിൽ നിന്നും സമർക്കന്തിൽ നിന്നും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആരാണിത് വന്ന് പതിനൊന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സുമൊക്കെയുള്ള ഇവരോട് ഈ പിന്നെ അത്യുന്നതമായൊരു ഗ്രന്ഥത്തിന് ഭാഷ്യം ചമക്കാൻ വ്യാ വളരെ വ്യാപകമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട ഈ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുന്ന ഈ റിപ്പോർട്ടുകൾ എഴുതിയുണ്ടാക്കാൻ ആരാണ് പറഞ്ഞത് അത്യന്തം സൂക്ഷ്മതയോടെ ശേഖരിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ആറ് ലക്ഷമാണ് ഇവർ സൂക്ഷ്മയോട് സൂക്ഷ്മതയോടുകൂടി ശേഖരിച്ചു എന്ന് പറയുന്നത് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ അഞ്ച് ലക്ഷത്തി ഹദീസുകൾ വ്യാജമാണ് കളവാണ് കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് ഇവർ തന്നെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ആരാണിത് തള്ളിക്കളയാൻ പറഞ്ഞത് അത് ഇയാളുടെ മാത്രം ഭീക്ഷണത്തിലല്ലേ അത് വ്യാജമാണെന്ന് മറ്റൊരാളോ മറ്റൊരു വ്യക്തിക്കോ അതിൽ മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ട പല റിപ്പോർട്ടുകളും ഉണ്ടെങ്കിലോ ആരാണ് തള്ളാൻ പറഞ്ഞത് ആര് പറഞ്ഞു ആരാണ് തള്ളാൻ പറഞ്ഞത് അപ്പോൾ ഏറ്റവും സത്യസന്ധനായ ആൾക്ക് പോലും അര ശതമാനമേ അന്ന് സത്യസന്ധത ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുക കാരണം ഏറ്റവും സത്യസന്ധരിൽ നിന്നാണ് ഇത് സ്വീകരിച്ചതെന്നാണ് പറയണത് ഈ ആറ് ലക്ഷം ഏറ്റവും സത്യസന്ധരിൽ നിന്ന് എത്രത്തോളം എന്ന് ഒരു ആടിന് എല കാണിച്ചിട്ട് ആ ആട് അത് തിന്നാൻ വായ തലങ്ങനെ വായ നീട്ടുമ്പോൾ ഇത് വലിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ആളിൽ നിന്ന് സ്വീകരിച്ചില്ല അപ്പോൾ അത്രക്കും സൂക്ഷ്മമായി സത്യസന്ധമായി രേഖപ്പെടുത്തിയ ഈ ഹദീസുകളിൽ തൊണ്ണൂ അഞ്ചു ലക്ഷത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധരായ ആളുകളെപ്പോലും അയാൾക്ക് അര ശതമാനം പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയൊരു ചതി ഇനി വേറെന്താ പറയാനുള്ളത് വേറെന്താ ചെയ്യാനുള്ളത് അവിടുത്തെ ഏറ്റവും വിശ്വസ്തരീന്നാണ് സ്വീകരിച്ചത് ആറ് ലക്ഷം അതിൽ തന്നെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം തള്ളി എന്ന് പറഞ്ഞ അര ശതമാനം പോലും അവിടുത്തെ ജനങ്ങളെ വിശ്വാസം ഇല്ല അർത്ഥം ഏറ്റവും വിശ്വസ്തരെ വിശ്വാസമില്ല അപ്പൊ ബാക്കിയുള്ളവരെ എന്തായിരിക്കും അവസ്ഥ എൻ്റെ സഹോദരങ്ങളെ ചിന്തിക്ക ഇത് പ്രത്യേകമായിട്ട് ഒരു സമൂഹത്തോടുള്ള ദേശീയം കൊണ്ട് പറയുന്നതല്ല എന്റെ സഹോദരങ്ങളൊന്നും ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കാം അപ്പൊ മനസ്സിലാ ഒന്തിലത്തെ വെറുതെ ഞങ്ങൾക്ക് പ തട്ടി വിട എന്നെ തട്ടി വിട അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല വിഷയം നീണ്ട നീണ്ടു പോവുള്ളു ഇപ്പോ ഇന്നത്തെ ഇപ്പൊ വിഷയം തുടങ്ങാൻ തന്നെ പറ്റൂലെന്നാ എനിക്ക് തോന്നുന്നു അപ്പോ സത്യസന്ധവും തർക്കരഹിതവും സർവാംഗീകൃതവുമായ ദൈവവചനങ്ങളുടെ സമാഹാരമായ നമ്മളെ ഈ സാഗരം ഈ മുത്ത് ഈ മുത്ത് ഈ രത്നം ഈ വിളക്ക് കയ്യിലിരിക്കെ അത് ഏക പ്രമാണവുമാണ് ആ ആയിരിക്കെ ചിലപ്പോൾ ഇതിനെ മറികടന്നും മറ്റും ഒരു പ്രമാണവുമായി ഇത്രയും കഷ്ടപ്പെട്ട് ഹദീസ് എന്ന പേരിൽ ഇവർ ഈ കൊണ്ടുവന്ന രേഖകളുടെ വിശ്വാസ്യത എത്രമാത്രമുണ്ടെന്ന് നിഷ്പക്ഷമതികൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും സമ്പൂർണ്ണ സത്യം സംശയമില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്രന്ഥത്തോളൂ അലിഫിലാം ലീം അലിഫിലാം ലീം ദാലിക്കൽ കിത്താബു ലാ റൈബി അപ്പം തർക്കരഹിതമാണ് സംശയരഹിതമാണ് സർവാംഗീകൃതമാണ് അതിൻ്റെ പിന്നെ സത്യസന്ധമാണ് സമ്പൂ സത്യസമ്പൂർണ്ണമാണ് പരമസത്യമാണ് അങ്ങനത്തെ ഒരു ഗ്രന്ഥം കയ്യിലിരിക്കെ ഇതിനെ വ്യാഖ്യാനിക്കാൻ അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ ഒക്കെ ഉള്ള ഒരു ഗ്രന്ഥം എന്നിട്ട് ആ ഗ്രന്ഥത്തെ ചിലപ്പോൾ ഇതിൻ്റെ മേക്കാൾ മേലെയാണ് ചിലപ്പോഴല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇതിൻ്റെ മേലെയാണ് സ്ഥാനം നിങ്ങൾ ഖുറാനിലെ ഒരു വചനവും അതിന് വിരുദ്ധമായൊരു ഹദീസും പറഞ്ഞു നോക്കുകയാണെങ്കിൽ അവർ പറയും ഈ ഖുർആൻ നമുക്ക് മനസ്സിലാവില്ല അത് ഹദീസിലുള്ള എടുക്കാനേ പറ്റുള്ളൂ എന്നാ പറയാം ഇത് ഞമ്മക്ക് മനസ്സിലാവില്ല ഇത് പറഞ്ഞു തന്ന നെബിയാണ് അത് അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി അത് ഞമ്മക്ക് മനസ്സിലാവൂല അത് നബി പറഞ്ഞത് എടുത്താൽ മതി എന്നവര് പറയാറ് അപ്പൊ സ്ഥാനം ഖുർആൻ ഹദീസിനാണ് അപ്പൊ പരമമായ സത്യമുള്ള ഒരു മുത്ത് ഈ ഈ സാഗരം ഈ സാഗരത്തിനൊരു വിലയില്ല ഇതിലൊക്കെ ശുദ്ധമായ ജലമാണ് അല്ല ഇത് പറ്റൂല അത് കുടിക്കാൻ ഞമ്മക്ക് പറ്റൂല എന്നാ പറയണേ ഞമ്മക്ക് കുടിക്കാൻ കഴിയില്ല ഞമ്മക്ക് ഈ കലക്കവെള്ളം കുടിക്കാന്നാ പറ ഞെബി ഞമ്മളോട് ഈ കലക്കവെള്ളം കുടിച്ചാന്നാ പറഞ്ഞിട്ട് ഞമ്മക്കായി ഇന്ന് കുടിക്കാൻ കഴിയില്ല എന്നാ പറയുന്നത് എന്താ പിന്നെ ഒരു ജനതയുടെ കഷ്ടകാലം ഒരു വസ്തുത തൊണ്ണൂറ്റി ഒമ്പതര ശതമാനം തെറ്റും അര ശതമാനം മാത്രം ശരിയാണെങ്കിൽ സാധാരണ നിലയ്ക്ക് ഒരു ശരാശരി ബുദ്ധിയുള്ള മനുഷ്യനെന്താ ചെയ്യുക ഒരു വസ്തുത തൊണ്ണൂറ്റി തെറ്റാ നിങ്ങൾ ഞാൻ ആറിൻ്റെ അഞ്ചു ലക്ഷത്തി ശതമാനത്തിലേക്ക് കണക്കാക്കിയിട്ടാണ് ഞാനീ പറയണത് എന്താ ഈ മാഷ എപ്പോഴും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ല തൊണ്ണൂറ്റി ഒമ്പതര ശതമാനം എന്ന് എന്താ പറയുന്നത് നിങ്ങൾ ആറ് ലക്ഷം ഹദീസ് ബുഹാരി മനഃപ്പാടാക്കി എഴുതി വെച്ചത് അതിൽ നിങ്ങൾ മൂവായിരം മാറ്റി നിർത്തിയിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം ഒഴിവാക്കിയിട്ട് അതിനെ ശതമാനത്തേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതര ഇട്ടു അപ്പം തൊണ്ണൂറ്റി ഒരു വസ്തുതയെ ശരാശരി മനുഷ്യൻ എന്താ ചെയ്യ അത് തള്ളിക്കളിയ അപ്പൊ ഹദീസ് നിഷേധി സത്യത്തിൽ ബുഹാരിയാണ് മൗരവി നമ്മളൊക്കെ മൂവായിരം ഹദീസെ തള്ളിയിട്ടുള്ളൂ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റാഴായിരം ഹദീസ് തള്ളിയ ബുഹാരിയാണോ ഹദീസ് നിഷേധി നമ്മളാണോ ഹദീസ് നിശേ ക്ലാസ്സിൽ പലപ്പോഴും ചോദിച്ചതാ പലരോടും ചോദിച്ചതാ ആരാ ഹദീസ് നിഷേധി സത്യത്തിൽ എന്നിട്ട് വരുവാറിയാം ഹദീസ് നിഷേധികൾ ഹദീസ് നിഷേധികൾ ഞാൻ പറഞ്ഞ ഹദീസ് നിഷേധി നിങ്ങൾ ഇന്ന വട്ടം വിളിച്ചോളി എനിക്ക് സന്തോഷേ ഉള്ളൂ കാരണം എൻ്റെ മുത്ത് റസൂലിനെക്കുറിച്ച് ഈ പറഞ്ഞതൊന്നും മുത്ത് എൻ്റെ കുർആാനെക്കുറിച്ചും എൻ്റെ മുത്തായ രക്തമായ സാഗരമായ ഈ കുർആാനെക്കുറിച്ചും എൻ്റെ മുത്ത് റസൂലിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ ഈ ഹദീസൊന്നും വിശ്വസിക്കാത്ത നിഷേധിയാണ് നിങ്ങൾ ആയിരം പതിനായിരം വട്ടങ്ങൾ വിളിച്ചോളി സന്തോഷം അഖിലാനികളാണെന്ന് വിളിബരമിനൊരു ഭാഷയാണ് നമ്മളെ കുറിച്ച് അഖിലാനികൾ ബുദ്ധിയുള്ള ബുദ്ധി ബുദ്ധിമാന്മാർ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ അതും ആയിരം വട്ടം വിളിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഖുർആൻ അഫലാ തോൻ അഖിലുപയോഗിക്കുന്നില്ലേ അഖിലുപയോഗിക്കുന്നില്ലേ അഖിലുപയോഗിക്കുന്നില്ലേ ഒലഹും കുലൂബുല്ല യഫ്കഹൂന ബിഹ ഒലഹും മാതാനുമില്ല യസ്മാ നബിഹ ഒലഹും മഴയനില്ല യുബിസൂന ബിഹ അപ്പോൾ അഖല് ഉപയോഗിക്കുന്നില്ലേ അഖൽ ഉപയോഗിക്കുന്നില്ലേ അഖൽ ഉപയോഗിക്കുന്നില്ലേ ലൊബ് തന്നിട്ടില്ലേ നിങ്ങൾക്ക് ജ്ഞാനവും അറിവും തന്നിട്ടില്ലേ അകക്കാമ്പുള്ള ആളുകളല്ലേ നിങ്ങൾ എന്ന് ഗുർഹാനിൽ അടിക്കടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അഖിലാനികൾ എന്ന് പറയുന്നതും എൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ എടുക്കുന്നു കാരണം അഖൽ ഉപയോഗിക്കാനാണ് ഗുർഹാൻ പറഞ്ഞിട്ടുള്ളത് ബുദ്ധി ഉപയോഗിക്കാൻ അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ അഖിലാനികൾ ഓക്കെ സമ്മതിച്ചു ഹദീസ് നിഷേധികൾ ആയിരം വട്ടം വിളിച്ചോളൂ സമ്മതിച്ചു അപ്പോ സാധാരണ നിലക്ക് തൊണ്ണൂറ്റി ഒമ്പതര ശതമാനവും ഒരു സംഗതി സാധാരണ നിലക്ക് ഒരു മനുഷ്യനെന്തെയ്യ തള്ളിക്കളയെ ചെയ്യും സ്വീകരിക്കൂ അര ശതമാനം മാത്രം വിശ്വാസമുള്ളത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും നൂറ് ശതമാനം സത്യമുള്ള ആ വിഷയത്തിൽ സത്യമുള്ള ഒരു കാര്യം അപ്പുറത്തി ഇരിക്കുന്നുണ്ട് ഒരു അര പോലും സത്യം കിട്ടാത്തൊരു വസ്തുത അങ്ങനത്തെ ഒരു സംഗതി ഒന്നുമില്ലെങ്കിൽ പിന്നെ നിവൃത്തിയേതുകൊണ്ട് എടുക്കൽ വരും ഇത് അതുമില്ല നൂറ് ശതമാനം ആ വിഷയത്തിൽ സത്യമായ ഒരു സാഗരം അവിടെ ഇരിക്കുന്നു ആ വിഷയത്തിലുള്ള ഒരു ഗ്രന്ഥം അവിടെ ഇരിക്കുന്നു ഒരു വേദം അവിടെയിരിക്കുന്നു സൃഷ്ടാവിൽ നിന്ന് നേരിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദം അവിടെ ഇരിക്കുന്നു അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ അര ശതമാനം പോലും സത്യമില്ലാത്ത ഒരു വസ്തുതയെ പിന്നെ എന്തിനാ നമ്മൾ എടുക്കണം നൂറ് സത്യമാണെന്ന് ഉറപ്പുള്ള തർക്കരഹിതമായ നൂറ് സത്യമാണെന്ന് ഉറപ്പുള്ള ഒരു വേദം നമ്മുടെ കയ്യിലിരിക്കെ അപ്പോ ചുരുക്കത്തിൽ വിഷയത്തിലേക്ക് ഇനി അധിക സമയമല്ല പ്രവേശിക്കാൻ പോകും ഖുർആാനിൽ കൈകടത്താൻ യാതൊരു പഴുതും കിട്ടാത്തതിൻ്റെ പേരിൽ ഈ ദീനിനെ അട്ടിമറിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ചില തൽപര ആവിഷ്കരിച്ച കുതന്ത്രങ്ങളുടെ ആകെത്തുകയാണ് ഈ ഹദീസുകൾ എന്ന് പറയേണ്ടി വരുന്നതിൽ എന്നോടാരും ദേഷ്യപ്പെടരുത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ പറയുന്നതിൽ വിഷമുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ പ്രവാചകനോടുള്ള മുഹബത്ത് മുഹബത്ത് അതാ പറയുക പ്രവാചകനോടുള്ള മുഹബത്ത് എന്നാ പറയുക മുഹബത്ത് മൂലം അദ്ദേഹത്തിൻ്റെ പേരിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന എന്തിനേയും മുൻപിൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതെ സ്വീകരിക്കുന്ന വിശ്വാസികളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരം കൃതികളിലൂടെ ഇവർ ചെയ്തത് തങ്ങളുടെ പ്രവാചകനോടുള്ള മുഹബത്തിന് ചൂഷണം ചെയ്തു ഇത്തരം തൽപര കക്ഷികൾ ഈ ജനത പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അതുകൊണ്ട് ഈ പ്രവാചകൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും ഈ ജനത സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി ചില തൽപര ആ സമൂഹത്തിൻ്റെ ആ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഈ നിഷ്കളങ്കതയെ ഇവർ ചൂഷണം ചെയ്തു എന്നാൽ വിപുലമായ അറിവും ചിന്താശേഷിയും ഗവേഷണ പാഠവുമുള്ള ഏതൊരാൾക്കും ഇവരുടെ ചെയ്ത് എത്രമാത്രം നിണ്യവും പരിഹാസ്യവും ക്രൂരവുമാണെന്ന് ബോധ്യപ്പെടും യാഥാസ്ഥിക മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ജീവിതവും നമ്മുടെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ ജീവിതവും ഇത്തരം ഒറ്റപ്പെട്ട വ്യക്തികളുടെ ഇത്തരം ചെറിയ ചിന്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്തരം ഒറ്റപ്പെട്ട വ്യക്തികളുടെ ഈ മിത്തുകളെയും ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു മതത്തിന് നാം അടിത്തറയിട്ടാൽ ആ അടിത്തറ മണൽത്തിട്ടയിൽ പണിത കെട്ടിടം പോലെയായിരിക്കും മാത്രമല്ല ഒരു ജനതയെ മുഴുവൻ തകർത്ത് കളിയുകയും പിന്നോട്ട് വലിക്കലുമായിരിക്കും അതിൻ്റെ ഫലം നമ്മുടെ അറിവിന്റെ യഥാർത്ഥ ഉറവിടമായ ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ഉറവിടമായ ഐനൈ യഷ്റബ് ബിഹാ ഇബാദുലഹിറൂനഹ തഫ്ജിറ എന്ന് പറഞ്ഞ ഈ അജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ഉറവിടമായ കുറുആാനെ നാം ആശ്രയിക്കുകയാണെങ്കിൽ ഈ നിലക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല നമ്മൾ ഇനി വിഷയത്തിലേക്ക് വരിക ഇനി കുർആാനിൻ്റെ ഇനി നമ്മൾ കുർആാനിൽ അങ്ങനെ നമ്മൾ ഹദീസ് വേണ്ടാന്ന് വെച്ചു എന്നാൽ ശരി ഞങ്ങൾ കുർആാൻ മാത്രം എടുക്കുക നിങ്ങൾ ഖുർആാൻ മാത്രം ഞങ്ങൾ പഠിക്കാൻ വരാം എന്ന് ഖുർആാൻ്റെ പഠനത്തിലേക്ക് മാത്രം നിങ്ങൾ വരൂ എന്ന് നമ്മുടെ സഹോദരങ്ങളെ ആരെങ്കിലും നമ്മൾ ക്ഷണിച്ചു വെക്കുക അപ്പോൾ ഇവർ പറയാം അങ്ങനെയാണെങ്കിൽ കുർആാനെ മാത്രം നാം ആശ്രയിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കുക എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ നിസ്കാരം എങ്ങനെയാണ് കിട്ടുക എന്നാൽ അങ്ങനെയാണെങ്കിൽ നമസ്കാരം എങ്ങനെയാണ് കിട്ടുക എന്നായിരിക്കും എന്ത് നമ്മൾ പറഞ്ഞ് കുർ ഖുർആാനിൻ്റെ മാത്രം പഠനത്തിലേക്ക് നമ്മളൊരാളെ വിളിച്ച അവരപ്പ പറയും അങ്ങനെയാണെങ്കിൽ മൗലവി എങ്ങനെ നിസ്കരിക്കുക നിൽക്കാരെ ഒന്നാ കിട്ടുക എന്നായിരിക്കും കുർആാനിൽ അതെങ്ങനെയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുമില്ല എന്ന നിസ്കാരം പറയുന്നുണ്ടല്ലോ കുറുന്നാനെന്നോട്ട് കിട്ടാനുമില്ല അപ്പം ഖുർആാൻ പറയാത്തൊരു കാര്യം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയായി നാം കണക്കാക്കുക എന്നൊരാളോട്ട് ചിന്തിക്കണമില്ല അതാ ഖുറാനിൽ ഇല്ലെങ്കിൽ അത് അള്ളാഹിൻ്റെ കല്പന അല്ലാന്ന് മനസ്സിലാക്കൂല അങ്ങനെ ഒട്ടും മനസ്സിലാക്കില്ല അതായത് ഞാൻ ഓദ്യ വെച്ച ദീനുൽ കയ്യമ്മ അതായത് ചൊവ്വായ മതം അതാണ് ദീനുൽ കയ്യമ്മ വക്രതയില്ലാത്ത ചൊവ്വായ ദീന് പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു സ്തംഭമായിട്ട് കുറയാൻ എണ്ണിയത് എന്താണ് ഈ സ്വലാത്ത അങ്ങനെ അടിസ്ഥാന സ്തംഭമായി കുറയാൻ എണ്ണിയ ഒരു സ്വലാത്തിന്റെ രൂപം കുറയാൻ വിശദമാക്കിയിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് നാം ചിന്തിക്കണം ഒരു സംഗതി കുര്ഹാനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പറയാതിരിക്കേണ്ടതിൻ്റെ യുക്തിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലാതെ അത് ഖുർആാനിലൊന്നുമില്ല അള്ളാർക്ക് അതൊന്നും പറയാൻ കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് ഈ നാട്ടുകാർ എഴുതി വെച്ച എഴുതി വെച്ചുണ്ടാകുക ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുക എന്നല്ല പറയേണ്ടത് ഖുർആാൻ അത് പറഞ്ഞില്ല എന്നാണ് ചിന്തിക്കേണ്ടത് ഖുർആാനിൽ ആദ്യാവസാനം സ്വല എന്ന പദവും അതെന്താണെന്ന വിശദീകരണങ്ങളും ഉണ്ട് എന്താണ് സൊലാത്തി എന്നും അതിൻ്റെ വിശദീകരണവും ആദ്യാവസാനം കുറുകാൻ ഉണ്ട് അത് ദീനിൻ്റെ അടിസ്ഥാന കാര്യമാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു ദീനിൻ്റെ അടിസ്ഥാന സ്തംഭമാണത് എന്നാൽ സൊലാ എന്ന വാക്കിന് ഖുർആാനിൽ ഒരിടത്തും ഇന്നീ നമ്മൾ ചെയ്യുന്ന തെക്ക്ബീറത്തിൽ ലിഹറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ദിവസത്തിൽ അഞ്ചു നേരം നിർവഹിക്കപ്പെടേണ്ട ഇന്നത്തെ രീതിയിലുള്ള ഈ ആചാരാനുഷ്ഠാനമാണെന്ന് നേരിയ ഒരു സൂചന പോലും കുർആാനിൽ നിന്ന് ഖുർആാനിലെ സ്വല ഉണ്ട് അതിൻ്റെ വിശദീകരണം ഉണ്ട് പക്ഷെ തെക്ക്ബീറത്തുൽ ഇഹ്റാൻ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു ആചാരാനുഷ്ഠാന അനുഷ്ഠാനമാണ് സ്വലാത്ത് എന്ന് കുർആാനിൽ നിന്ന് എവിടെയൊന്നും എന്നാൽ ഖുർആാനിലെ സ്വല എന്ന വാക്കിന് ഖുർആൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നിന്നും വ്യതിചലിച്ച് ഇന്ന് കാണുന്ന നമസ്കാരം എന്ന അർത്ഥം കൽപ്പിച്ചിടത്താണ് സത്യത്തിൽ ഈ പ്രശ്നം െ കാലിക്കൽ കയ്യുമ്പോൾ ദീനിലെ സ്തംഭങ്ങളിൽ ഒന്നാമത്തേതാണെന്നും അത് നിർവഹിക്കാത്തവൻ അവിശ്വാസിയാണെന്നും വിശ്വാസിക്കും ബൈനൽ കുഫുരി വല്ല പറയും വിശ്വാസിക്കും അവിശ്വാസിക്കുമിടയിലുള്ള ഏക വ്യത്യാസം ഈ നിസ്കാരാണെന്നും വിശ്വാസിയുടെ ചിഹ്നമാണ് ഇതെന്നും എന്നൊക്കെ ഈ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ ആദ്യ മദ്യാന്ത രൂപത്തെക്കുറിച്ചോ അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളെക്കുറിച്ചോ സൂക്തങ്ങളെക്കുറിച്ചോ ദീനിൻ്റെ പരമോന്നത പ്രമാണമായ ഖുർആാനിൽ ഒരു സൂചന പോലും ഇല്ല എന്നത് തന്നെ സ്വല എന്ന വാക്കുകൊണ്ട് ഇന്ന് കാണുന്ന നമസ്കാരമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കും അല്ലെങ്കിൽ നമസ്കാരത്തെ കുറിച്ച് വിവരിച്ച ഭാഗങ്ങൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഈ രണ്ടിലും അടിസ്ഥാന സ്തംഭം മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഇത് മുസ്ലിമിന്റെ ചിഹ്നം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തരം ഒരു അനുഷ്ഠ കർമ്മത്തിന്റെ ഒരു സ്തംഭമായി നിലകൊള്ളുന്ന ഒന്നിന്റെ ഒരു പ്ര കാര്യവും കുറാൻ വിശദീ വിശദമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ അതല്ല അല്ലെങ്കിൽ കുറാനിൽ നിന്ന് അത് ആയത്തുകൾ വിട്ടിട്ടുണ്ടാകും എന്ന് കരുതേണ്ട ഒരു അള്ളാഹുവിൻ്റെ പരിപൂർണ സംരക്ഷണയിലും സുരക്ഷിതത്വത്തിലും ഇരി അള്ളാഹു സംരക്ഷണവും സുരക്ഷയും ഏറ്റ ഈ കുറാനെക്കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ നമുക്ക് പറ്റുമോ ഖുർആൻ ഇന്ന് വിട്ടുപോയിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം കുർആാനിന്റെ പരിപൂർണ സംരക്ഷണം അള്ളാഹുവാണ് ഏറ്റെടുത്തത് ഇന്നു അപ്പൊ ഇത് നിസ്കാരത്തിന്റെ രൂപമൊക്കെ ഇരുന്ന് ആരോ വിട്ടുകഴഞ്ഞിട്ടുണ്ട് എന്ന് അതിനെ കരുതാനും വയ്യ അപ്പോ കുർആാനിൽ പറഞ്ഞ ഒരു കാര്യത്തിന് അതിൻ്റെ അർത്ഥങ്ങളെ മറികടന്ന് മറ്റൊരർത്ഥം കൽപ്പിക്കാനും അതിൻ്റെ പേരിൽ മനുഷ്യരെ നിർബന്ധിക്കാനും പീഡിപ്പിക്കാനും ആർക്കാണ് അധികാരം കൊടുത്തത് കുറാനി പറയാത്തൊരു സംഗതി അതിൻ്റെ അർത്ഥം മാറ്റിമറിക്കുക മാറ്റി മറിച്ചതും എന്നിട്ട് മനുഷ്യരെ മുഴുവൻ അത് ചെയ്യാൻ നിർബന്ധിക്കുക അത് ചെയ്യാത്തവരെ പീഡിപ്പിക്കുക കുടുംബം വിലങ്ങ വീട് വിലങ്ങ കച്ചവടം നിർത്താൻ പറയുക ബഹിഷ്കരിക്കുക കല്യാണം ബഹിഷ്കരിക്കുക ഇതൊക്കെ ആരാണ് അവകാശം കൊടുത്തത് ഇനി ഇവര് പറയുന്ന തരത്തിലുള്ള അർത്ഥം തന്നെ നിസ്കലസ്കാരം തന്നെ എന്ന് വിചാരിച്ചോളൂ എന്നാൽ തന്നെ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ച് നിസ്കരിപ്പിക്കാൻ ആരാ പറഞ്ഞത് നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ ആരാണ് പറഞ്ഞത് ആരാണ് അധികാരം കൊടുത്തത് ആർക്കാണ് അള്ളാഹു അധികാരം കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് നബിക്ക് പോലും അള്ളാഹു ഒരധികാരവും ആ രൂപത്തിൽ നൽകിയിട്ടില്ല എന്നാണ് കുറാൻ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം മുഹമ്മദ് നബിക്ക് പോലും നൽകാത്ത ഒരധികാരം ഒരു ഭരണകൂടത്തിനും ഒരു മഹൽ കമ്മിറ്റിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല നിസ്കാരം തന്നെ അർത്ഥം വെച്ചോളൂ എന്നാലും ഈ ജനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് പള്ളി കൊണ്ടി നിസ്കരിപ്പിക്ക നിസ്കരിക്കാത്തവൻ്റെ വീട് വലങ്ങ പീഡിപ്പിക്കുക അവനെ മർദ്ദിക്കുക അവനെ വെടിവെച്ചു കൊല്ലുക ഇതൊക്കെ ആരവകാശം കൊടുത്തു പ്രവാചകന് പോലും ഫലസ്ഥി മുർക്കിർ മതത്തിലൊന്നും ബലാത്കാരത്തിൻ്റെ ആവശ്യമില്ല ഹൊമൻമൻ ഷാഫലി ഇന്നമായ അലൈക്കൽ ബലാവ് ഇത് എത്തിക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് വിവി ഇങ്ങനെ ഒരുപാട് നിരവധി വചനങ്ങളിലൂടെ പ്രവാചകന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടു അപ്പോൾ പ്രവാചകന് പോലും ഈ ഉത്തരവാദിത്തല്ല ഇത് പറയേണ്ട ബാധ്യതയുള്ളൂ വേണ്ട ഒരു ചെയ്തോട്ട് എന്നിട്ട് ആ ഏത് ഭരണകൂടത്തിന് ഏത് പള്ളിക്കമ്മിറ്റിക്ക് ഏത് മഹൽ കമ്മിറ്റിക്കാണ് ഈ അധികാരം കൊടുത്തിട്ടുള്ളത് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഒരു നമ ഒരാൾ നമസ്കരിക്കാത്തത് കൊണ്ട് വ്യക്തികൾക്കോ സമൂഹത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം തീർച്ചയായും നമുക്ക് നിർബന്ധിക്കേണ്ടി വരും കാരണം എൻ്റെ ഒരു കർമ്മം ഞാനൊരു കർമ്മം ചെയ്യാത്തത് കൊണ്ടോ ഞാനൊരു കർമ്മം ചെയ്യുന്നത് ഒരു കർമ്മം ചെയ്യാത്തത് സമൂഹത്തിന് ദോഷമോ നഷ്ടമോ സമൂഹത്തിന് ഉപദ്രവമോ വരികയാണെങ്കിൽ ഞാൻ അത് ചെയ്യൽ നിർബന്ധം ഞാനൊരു കാര്യം ചെയ്തതുകൊണ്ട് സമൂഹത്തിനോ രാജ്യത്തിനോ മറ്റു വ്യക്തികൾക്കോ ദോഷം വരികയാണെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കലും ചെയ്യാതിരിക്കാൻ എന്നെ നിർബന്ധിക്കലും അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ സർക്കാരിനോ സമൂഹത്തിനോ ഒക്കെ എൻ്റെ കാര്യത്തിൽ ഇടപെടാം എന്നാൽ തികച്ചും എൻ്റെ വ്യക്തിപരവും സ്വകാര്യവുമായ ഒരാളുടെ എന്റെ വിശ്വാസ കാര്യങ്ങളിൽ അതിക്രമിച്ചു കിടക്കാൻ മറ്റൊരാൾക്കും തന്നെ ആരാണ് അവകാശം കൊടുത്തത് മറ്റൊരാൾക്കും അവകാശം തികച്ചും എൻ്റെ വൈയക്തികമായ കാര്യമാണ് എൻ്റെ സ്വകാര്യമായ കാര്യാണ് അതിൽ മറ്റാർക്കും കൈകടത്താൻ കൈകടത്തേണ്ട അവകാശം കാര്യം എന്താ നിരം ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് പല കാര്യങ്ങളും ദോഷകരമായി വരും പല കാര്യങ്ങളും നഷ്ടപ്പെടും അവർക്കത് ഉപദ്രവകരമായി വരും അങ്ങനെയാണെങ്കിൽ ഞാനിത് ചെയ്യാം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അതാണ് ഞാൻ ശരി തലാട്ടുണ്ട് ശരി മനസ്സിലായി എന്നാൽ ഖുർആാൻ വിവരിക്കുന്ന സലാത്ത് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇനി നമുക്ക് എന്തേ വഴിയുള്ളൂ ഖുർആൻ എന്താണത് പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താണ് കുർആാൻ വിശദമാക്കിയിട്ടുള്ളത് എന്ന് ഖുർആാനിനോട് ചോദിക്കും അതല്ല ഇന്നത്തെ ആചാരാനുഷ്ഠാനമായി നമസ്കാരമാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ പണ്ടേനു അതിന് ഇനി കുർആാനൊന്നും പരിശോധിക്കുന്നു കുർആൻ ആവശ്യം തന്നെയല്ല ഇന്നത്തെ മുസ്ലിമായി ജീവിക്കാം ഇന്നത്തെ മാപ്പിളയായി ജീവിക്കാം ഖുർആാൻ മറിച്ചു നോക്കണം അപ്പോ നാട്ടിലുണ്ട് ഇന്നത്തെ നമസ്കാരം അതല്ല സ്വലാത്താണ് കിട്ടേണ്ടത് ഖുർആാൻ വിവരിക്കുന്ന സ്വലാത്താണ് കിട്ടേണ്ടതെങ്കിൽ അത് ഖുർആാൻ മറിച്ച് നോക്കണം ഖുർആാൻ പഠിക്കണം ഖുർആാൻ ആദ്യാവസാനം ഒക്കെ ഈ സലാ സല്ലായുസല്ലി സലാത്ത് എന്ന പദം ഏതൊരർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കണം സൂറത്ത് ബയ്യനാഹു പറയുന്നത് നോക്കാം എന്നിട്ടേ ഈ രണ്ടും പരിശോധിച്ചിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അപ്പം നമ്മളെ മുമ്പിലുള്ളതാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക അതല്ല ഖുറാൻ പറയുന്ന സലാത്താ വേണമെങ്കിൽ അതെടുക്കുക തർക്കൽ ഇപ്പം എന്നുള്ള ആചാരാനുഷ്ഠാനമായി നിസ്കാരമാണ് മതിയെങ്കിൽ അത് നമ്മളെ മുമ്പിൽ അതല്ല കുറുവാൻ പറയുന്ന സ്വലാത്താണ് വേണ്ടതെങ്കിൽ അത് കുറുകാൻ മറിച്ച് നോക്കുക പഠിക്കുക മനസ്സിലാക്കിയിട്ട് ശരിയാണ് നോക്കുക അത് ശരിയാണെങ്കിൽ അത് എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കുക ഇപ്പം മുന്നിലുള്ള നിസ്കാരം എടുക്കുക കുറുവാൻ പറയുന്ന സ്വലി എടുക്കുക ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം ഒരു തർക്കവും ഒരു നിർബന്ധമല്ല പക്ഷേ ഇത് പറയാനുള്ള അവകാശമെങ്കിലും ദയവ് ദയവ് ചെയ്തു തരണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കാറ് നമുക്ക് മനസ്സിലായ കുറവൻ പറയാൻ അവകാശം തന്നോടെ വേണ്ടവരെടുത്താൽ മതിയെ വേണ്ട ആളുകൾ എടുത്താ മതി അള്ളാഹു പറയുന്നു ഒമാറു ഇല്ലാലി അബുദുല്ലാഹ മുദീന ഹുഖലാത്ത് ഈ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത് കലർപ്പില്ലാത്ത അനുസരണം അതാണ്ഹ മുഖലിസീന അള്ളാക്ക് ഉള്ള അനുസരണം എങ്ങനത്തെ മുഖലിസീന കലർപ്പില്ലാത്ത ഹുനഫ വക്രതയില്ലാത്ത അനുസരണം അള്ളാഹ്ക്ക് മാത്രം പരിമിതപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടല്ല അതിപ്പോൾ ഒരു ബാധ്യത കലർപ്പില്ലാത്ത അനുസരണം നാട്ടുകാർ എഴുതി ഉണ്ടാക്കിയതിനനുസരിക്കാൻ കലർപ്പില്ലാത്ത അനുസരണം അള്ളാഹ്ക്ക് മാത്രം നാട്ടുകാരുണ്ടാക്കിയതിനനുസരിക്കാൻ ഇതിന് പറഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെന്ത് ചെയ്യണം ഈ രണ്ട് നെടും തോണുകളായിട്ട് പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിന്റെ ദാലിക്കുൽ കയ്യമ്മ അതാണ് ചൊവ്വായ മതം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ അർത്ഥപ്രകാരം എന്താ അള്ളഹാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക അഞ്ചു നേരം നിസ്കരിക്കുക രണ്ടര ശതമാനം ജക്കാത്തും കൊടുക്കുക ഇതാണ് ദാലിക്കൽ കയ്യമ്മ ഇതാണ് ചൊവ്വായ മതം മതത്തിന്റെ സ്തംഭം ഇതാണ് അപ്പം മതത്തിന്റെ സ്തംഭം ഇതാണ് ഞാൻ പറയുന്നത് ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്തംഭത്തിന്റെ ഒരു അടിസ്ഥാന കാര്യവും ഇതിലോട്ട് വിവരിച്ചിട്ടില്ല എന്നിവര് പറയും ഏയ് അടിസ്ഥാന സ്തംഭം അതിൻ്റെ വിശദ കാര്യങ്ങളൊന്നും കുർആാനിൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങളൊന്നും കുർആാനിൽ പറഞ്ഞിട്ടില്ല എന്നാ കുർആൻ പറയണതോ അലൈക്കൽ കിതാബ നിനക്ക് ഞാനൊരു വേദം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എങ്ങനത്തെ വേദം തിബിയാൻ അല്ലി കുല് എല്ലാ കാര്യങ്ങളുടെയും വിവരണമായിട്ട് ൻ അത് ഗൈഡൻസുമാണ് മനുഷ്യ മാനവരാശിക്ക് ഒരഹമ്മ തന്നെ അവർക്ക് കാരുണ്യമാണ് പക്ഷെ നമ്മളെ ആൾക്കാർ പറയണ കുറുവാൻ കാരുണ്യല്ലെന്നാ ഇത് ഓദ്യാ ഭിന്നത ഉണ്ടാവുക ചെയ്യ ഭിന്നത ഉണ്ടാവുക അതിന്റെ അർത്ഥം കാരുണ്യമല്ല എന്നർത്ഥം ഇത് ഓദ്യാ ഭിന്നത ഉണ്ടാവുക ചെയ്യ ഈ ഭിന്നത തീർക്കണമെങ്കിൽ അപ്പൊ ആകെ ഇടങ്ങാറുക ചെയ്യ കാരുണ്യമല്ല അപ്പൊ സ്വലാത്ത് ആവശ്യമായതൊക്കെ അള്ളാഹു വിവരിച്ചിട്ടുണ്ട് എന്നാൽ വിശദീകരണങ്ങളിലൊന്നും തന്നെ ഇന്ന് കാണുന്ന നമസ്കാരമായിട്ടല്ല എന്ന് മാത്രം അതിനർത്ഥം ഇന്ന് കാണുന്ന നമസ്കാരമല്ല സ്വല എന്നുള്ളത് തന്നെയാണ് വളരെ ഉന്നതമായതും സൂക്ഷ്മതക്ക് മുൻതൂക്കം നൽകുന്നതുമായ ഒരു ഗ്രന്ഥത്തിൽ അത് വിഭാവനം ചെയ്യുന്ന പ്രത്യേക അടിസ്ഥാനപരമായ ഒരു അംശം വിട്ടുകളയുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് സത്യത്തിൽ ഇവിടെ പ്രശ്നം അതൊന്നുമല്ല ഇവരെന്താ ചെയ്തത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കാൻ വേണ്ടി ആ പ്രധാന കാര്യങ്ങൾ അപ്രധാനമായ കാര്യങ്ങളാക്കി ചിത്രീകരിച്ചു എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്രധാനമായ കാര്യങ്ങൾ പ്രധാനമാക്കി ചിത്രീകരിച്ചിട്ട് എന്ത് ചെയ്തു വിലപ്പെട്ട മനുഷ്യൻ്റെ വിലപ്പെട്ട സമയവും അധ്വാനവും ഊർജവും നിർബന്ധപൂർവം വാശി പിടി പിടിച്ചുകൊണ്ട് അതിലേക്ക് ചിലവഴിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു പ്രധാനവും അടിസ്ഥാനപരവുമായ കാര്യങ്ങൾ സ്വാഭാവികമായും അവഗണിക്കപ്പെടുകയും ചെയ്തു ഇതിന്റെ ലക്ഷ്യം അപ്രധാനമായ കാര്യം അപ്രധാനമായ ഒരു കാര്യത്തിന് ഒരു മനുഷ്യന്റെ ഒരു ജനസമൂഹത്തിന്റെ ഊർജവും അധ്വാനവും പ്രവർത്തനവും മുഴുവൻ ആ വഴിക്ക് തിരിച്ചുവിടുക ആ വഴിക്ക് തിരിച്ചുവിട്ടാൽ അപ്രധാനമായി വളരെ പ്രധാനമായും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവഗണിക്കപ്പെടുകയും തഴയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവും ഇപ്പൊ ഇവർ ചോദിക്കുക ഇനിയിപ്പോ അതൊക്കെ ഇനിയിപ്പെന്താ ഇനിയിപ്പോ അതും ചെയ്യാ ഇതും ചെയ്യാ ഇനിയിപ്പോ പിന്നെ ഏറിയപ്പോ അപ്പം കേടുവരുമെന്നാ ചോദിക്കുക സാധാരണ ചോദിക്കൊക്കെ ആയാലും എന്നെ അപ്പൊ സാധാരണ ഇവർ ചോദിക്കാം അപ്പൊ ഇനി ഖുർആാനിൽ ഇല്ലാത്തതാണെങ്കിലും ശരി ഈ സലഹു സാലിഹ്യങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഈ അനുഷ്ഠിച്ചു പോരുന്നല്ലേ അതിനിപ്പോ അങ്ങനെ ചെയ്താ വല്ല കുഴപ്പമുണ്ടാവും ഖുർആാനിൽ പറയുന്ന മറ്റു കാര്യങ്ങളാണ് ചെയ്താൽ പോരെ മതി സത്യത്തിൽ അത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തോടും അവനോടും അവന്റെ കുടുംബത്തോടും രാജ്യത്തോടും ഒക്കെയുള്ള ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും മുഴുവൻ നിർവഹിക്കാൻ നിർവഹിച്ചിട്ടൊരാൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പോയി കുമ്പിട്ടുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റൊരു വശം കൂടി ഉണ്ട് ഇതിൻ്റെ ഉത്തരം ഈ ചോദ്യത്തിൻ്റെ ആ നെയ്യ് കയറി എന്ന് വെച്ചിട്ട് അപ്പം കേടുവരോന്നുള്ളൊരു ഉത്തരം വളരെ ലഘുവാണ് അതെന്താന്ന് പറഞ്ഞാൽ ഒന്നാമത് നെയ്യ് ഏറിയ അപ്പം കേടുവരും അത് അപ്പം ചൂടുന്നവരോട് ചോദിച്ചാൽ മതി നെയ്യ് ഏറിയ അപ്പം കേടുവരും മറ്റൊരാവശ്യത്തിന് വേണ്ട ഈ നെയ്യില് കുറവ് വരികയും ചെയ്യും ഇവിടെയേറുമ്പോൾ ഇതേ നെയ്യ് തന്നെ വേറൊരു സ്ഥലത്ത് ആവശ്യമായിട്ട് വരും അവിടെ കിട്ടാതെയാവും അപ്പോൾ സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞതാണെന്ന പേരിൽ കൂടുതൽ പുണ്യം പ്രതീക്ഷിച്ചിട്ടുകൊണ്ട് കുർഗാനിൽ ഇല്ലാത്ത ഈ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തു ചെയ്യും മനുഷ്യൻ്റെ സമയപരിമിതി വളരെയുള്ള വളരെ കുറച്ച് ആയുസേ മനുഷ്യൻ ഈ സമയപരിമിതി അനുസരിച്ച് എന്തു ചെയ്യും കുർഗാനിലെ പല കാര്യങ്ങളും അനുഷ്ഠിക്കാൻ സമയം കിട്ടില്ല എന്ന് ഉറപ്പാണ് സലഫു സാലിഹിങ്ങളോടുള്ള ബഹുമാനമല്ല സത്യത്തിൽ ഇവരുടെ ഈ ചോദ്യത്തിനുള്ള ചേതോവികാരം മറിച്ച് കുർആാൻ്റെ വിധി പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇവരിതിൻ്റെ പിന്നിൽ പയറ്റിയത് ഖുർആാനിക പ്രത്യയശാസ്ത്രം മറ്റു പ്രത്യയശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യതിരിക്തവും വ്യത്യസ്തവുമാണ് നമുക്ക് സത്യത്തിൽ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ നമുക്ക് പരിചിതമായ ലോകഘടനയിൽ ഖണ്യമായ പരിവർത്തനങ്ങൾക്ക് കാരണമായ പലതരം പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട് അവക്കൊന്നും ആ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത അമാനുഷികവും അനുഷികം എന്ന് അത് മനു വേറൊരർത്ഥത്തിലാണ് ഇവർ പറയുന്ന രൂപത്തിലുള്ള മാനുഷികല്ല അമാനുഷികവും അപരിമേയവും സാർവജ തുല്യതയില്ലാത്തതും സാർവജനീനവുമായ ചില അംശങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് ഇത് അതിശോക്തിയായി തോന്നാം അത്രമാത്രമൊക്കെ ഉണ്ടോ എന്ന് തോന്നും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം ഒരാള് ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്ത് മുന്നോട്ട് വെച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസക്തി ഇപ്പം മാർസിയൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ നോക്കുക യൂറോപ്പിലും അന്നത്തെ ലോകത്തിലാകെ തന്നെയും ഉണ്ടാക്കിയ പ്രതികരണം ഇന്ന് ലോകത്തെ എത്രമാത്രം പ്രസക്തമാണെന്ന് നോക്കുക അതൊരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും വിപ്ലവം ഉണ്ടാക്കി പക്ഷേ ഇന്ന് ലോകത്തെത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഓരോ പ്രത്യയശാസ്ത്രവും കാലികവും പ്രാദേശികവുമായ പരിമിതികൾക്ക് വിധേയമാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ആ മൂമെന്റുകൾ ആ കാലഘട്ടത്തിലേ അതിന് പ്രസക്തിയുള്ളൂ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞു എന്നാൽ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ഒരു പ്രത്യേക ഒരു പ്രത്യേകമായ ഭൂപ്രദേശത്തിൻ്റെയോ കാലഘട്ടത്തിൻ്റെയോ പരിധിയിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് അത് ആപേക്ഷികമായ അതിർവരമ്പുകൾക്ക് അതീതമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മാനവരാശി എന്തെല്ലാം പരിവർത്തനങ്ങൾക്ക് വിധേയമായാലും ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ആവശ്യകത നിലനിൽക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ നീതി നീതി നിലനിൽക്കാത്ത ഏത് കാലഘട്ടമാണ് ധർമ്മം ന്യായം സത്യം കരുണ ഇങ്ങനെ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ ഇത്തരം മൗലികമായ തത്വങ്ങൾ ഇത്തരം മൂല്യങ്ങൾ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കൂടിയാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിലെയോ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെയോ ഒരു പ്രത്യേക ജനതയുടെയോ ആചാരാനുഷ്ഠാനങ്ങളെ ചുറ്റിപ്പറ്റി മാത്രം അല്ലെങ്കിൽ അവയെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം നിർവഹിക്കപ്പെടേണ്ടതല്ല കുറുതാനിക ആശയങ്ങൾ എന്ന് ഞാൻ പറയുന്നത് കുറുഗാനിക ആശയങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ളതല്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ അവരുടെ വേഷവിധാനങ്ങളോ അവരുടെ ഏതെങ്കിലും പ്രത്യേക കുളിയുടെയോ കക്കൂസിൽ പോകലിൻ്റെയോ മറ്റേതെങ്കിലും പ്രത്യേകമായ രീതികളോ പറയേണ്ട ഗ്രന്ഥമല്ല വിശുദ്ധ കുറുആാൻ അത് നിർവചിക്കപ്പെടേണ്ടതല്ല കുറുആാൻ കുറുഗാനിക ആശയങ്ങൾ അത്തരം കാര്യങ്ങളെ ചുറ്റിപ്പറ്റി കൊണ്ട് കണ്ടു മുന്നിൽ കണ്ടുകൊണ്ട് അവയെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം നിർവചിക്കപ്പെടേണ്ടതല്ല കുറുഗാനിക ആശയങ്ങൾ എന്നാണ് പറയുന്നത് ഒരു ജനതയും അവരുടേതു മാത്രമായ ഒരു അനുഷ്ഠാനവും ഒരു ആചാരവും ഒരു അറബിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരൻ്റെയോ ആചാരമോ അനുഷ്ഠാനമോ ഖുർആാനിൽ പരതി നോക്കിയാൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം ഇതിൻ്റെ താല്പര്യങ്ങൾ അതിവിശാലവും ആപേക്ഷിതകൾക്കും പരിമിതികൾക്കും സങ്കുചിതത്വങ്ങൾക്കും ഒക്കെ അപ്പുറത്തും അതീതവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ വിഷയത്തിലേക്ക് ഇനി വല്ലാതെ നീട്ടിക്കൊണ്ടുപോണില്ല ഇനി നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും മാവലവി മൗലവി മാഷ് ഇതുവരെയും വിഷയത്തിലേക്ക് വന്നിട്ടില്ലല്ലോ അങ്ങനെ നീണ്ടുപോവുകയാണല്ലോ എന്ന് നിങ്ങൾ പറയും സലാദ് എന്താണ് കുർആാൻ പറയുന്നത് ഒന്നാമത് സ്വലാത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു എന്താണ് സ്വലാത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യമില്ലാതെ ഒരു പ്രവർത്തനവും ചെയ്യാൻ പറ്റില്ല ഒരു വിശ്വാസിക്ക് പ്രത്യേകിച്ചും ഒരു മോമിന് പ്രത്യേകിച്ചും ബുദ്ധിയും ചിന്തയും മറിവും ഒക്കെയുള്ള മനുഷ്യർക്ക് പ്രത്യേകിച്ചു തൻ്റെ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യന് പ്രത്യേകിച്ചും ലക്ഷ്യബോധമുള്ളവനായിരിക്കും മോമിന് അതുകൊണ്ടാണ് ഞാൻ മോമിനും മുസ്ലിമിനും പ്രത്യേകിച്ചും പറയാൻ കാരണം അവൻ്റെ ഒരു പ്രവർത്തനവും ലക്ഷ്യബോധമില്ലാത്തതാകാൻ പാടില്ല അവൻ്റെ ഒരു പ്രവർത്തനവും സമൂഹത്തിനോ അവനോ തൻ്റെ കുടുംബത്തിനോ തൻ്റെ രാജ്യത്തിനോ ഗുണകരമാകാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന ഒരു കർമ്മമാണ് സലാത്ത് അത് അതിനൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം കുറയാൻ നിർവചിച്ചിട്ടുണ്ട് വാക്കിമി സലാത്ത ലിധിക്കി അതാണ് ലി വേണ്ടി എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത് മറ്റൊരു സ്ഥലത്ത് ഹൂവല്ലി അലയിക്കുമ്പോ മലയിക്കത്തു അള്ളാഹുവും അവന്റെ മാലാഖമാരും ഒരു വിഷയം പറഞ്ഞാൽ അപ്പം ആൾക്കാർക്ക് ചോദിക്കും അപ്പൊ മലക്കുകൾ എന്താണ് അങ്ങനെ ഇടയ്ക്കിട കയറി ചോദിക്കുന്നത് സലാത്ത നമ്മളെ വിഷയം മലക്കല്ല എന്താ അല്ലാന്ന് ചോദിക്കരുത് ഇവിടെ വിഷയം അല്ലാഹുവല്ല ഒരു പദ ഇടക്കേട്ടെ വന്ന അപ്പം ഇത് കഴിഞ്ഞാൽ അപ്പം പുറത്തിറങ്ങി അപ്പൊ ചോദിക്കും അല്ല എന്താ മാഷന്മാരൊക്കെ അപ്പം അത് ചോദിക്കണ്ടെങ്കിൽ ഇപ്പം ഇന്ന് നമ്മളുടെ വിഷയം സ്ഥലത്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് തീരാവുന്ന കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം ഇന്ന് തീരാത്ത ഇനി അടുത്ത ദിവസം ചർച്ച ചെയ്യാം അത്രേ ഉള്ളു അങ്ങനെ നിരന്തരമായി പഠിക്കുക നിങ്ങൾ പഠിച്ചിട്ടൊന്ന് മാറ്റിയാൽ മതിയേ ബോധ്യപ്പെടുകയാണെങ്കിൽ മാറ്റിയാൽ മതി ബോധ്യപ്പെട്ടില്ല മാഷി പറഞ്ഞത് വലിയ ബോധ്യപ്പെട്ടിട്ടില്ല അപ്പൊ ആചാര നിസ്കാരം തന്നെയാണ് ശരി തോന്നുക അതെടുത്തോളൂ ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഒരു നിർബന്ധം പറയലില്ല ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊന്നും പറയണില്ല നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം ഇത് ശരി തന്നെയാണ് ഇത് മാഷി പറഞ്ഞേലും കുറച്ച് കാര്യമുണ്ട് കുറച്ച് കാര്യം ഉണ്ട് വന്നാൽ പോലും നിങ്ങൾ എടുക്കരുത് പൂർണ്ണ ബോധ്യം വന്നെടുത്താൽ മതി ഞാൻ തന്നെ അങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെങ്ങനെയാണ് എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ കഴിഞ്ഞു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഈ കുർആാൻ പഠനം കഴിഞ്ഞിട്ടാണ് സ്ഥലാത്ത് നിർത്തിയത് നമ്മൾ ഈ ആചാരാനുഷ്ഠാനം നിർത്തിയത് സ്ഥലാത്തിലേക്ക് എത്തിയത് ഖുർആൻ പറയുന്ന സ്ഥലത്തിലേക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ക്ലാസ് കേട്ടിട്ട് നാളെ മുതൽ നിങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന നമസ്കാരം നിർത്തണമെന്നൊന്നും ഞാൻ പറയല്ല ഒരു ഖുറാൻ നിന്ന് ഒരു തലക്കെന്ന് ഒരു തല വരെ ഈ സൊലാത്ത് പ്രയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ ഇത് എന്നിപ്പോ ഈ ആചാരാനുഷ്ഠാനം ഇവിടെ ഒന്നും പറയണില്ലല്ലോ എൻ്റെ രൂപഭാവങ്ങളൊന്നും ഇവിടെ പറയണില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ എടുത്താൽ മതി ബോധ്യപ്പെട്ട് പൂർണ്ണ ബോധ്യം വന്ന എടുത്താ മതി അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്താണ് സലാത്തിൻ്റെ ലക്ഷ്യം ി അലയിക്കും അള്ളാഹുവും അവന്റെ മാലാകന്മാരും ചെയ്യുന്നു എന്തിനു വേണ്ടി എന്താണ് അതിൻ്റെ ലക്ഷ്യം ആ തീരന്നോർ നിങ്ങളെ ഇരുട്ടിൽ നിന്ന് ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് അപ്പൊ മാനവരാശിയെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള സലാത്ത് ഏതാ ഏതാണ് ആ സലാത്ത് ഏതാണ് ആ സലാത്ത് അതാണ് വേദത്തിന്റെ വേദത്തിന്റെ പാരായണവും അതിൻ്റെ പിന്തുടർ അതിനെ പിന്തുടർന്ന് ജീവിക്കലുമാണ് വേദം ഒരു സമൂഹത്തെ പഠിപ്പിക്കലും ആ വേദമനുസരിച്ച് ഒരു സമൂഹം ജീവിക്കലുമാണ് മനുഷ്യരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള വഴി അതാണ് സലാംബുൻ ഇലൈക്ക വേദമാണ് നിന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചത് എന്തിന്മാലെന്നോർ മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അപ്പം മാനവരാശിയെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഉതകുന്നത് എന്താണ് വേദമാണ് അപ്പൊ വേദത്തിൻ്റെ സ്വലാത്ത് വേദത്തിൻ്റെ പിന്തുടരലും വേദത്തിൻ്റെ അവതരണവും വേദം സമൂഹത്തെ പഠിപ്പിക്കലുമാണ് ഒരു സമൂഹ ജനതയെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള വഴി അതാ പറയുന്നത് വേദത്തിൻ്റെ വേദം ഒരു സമൂഹത്തെ ദൈവീക വചനങ്ങൾ ഒരു സമൂഹത്തിൽ വായിക്കലും പഠിപ്പിക്കലും അതിനെ പിന്തുടർന്ന് ജീവിക്കലും ഒക്കെയാണ് സലാത്ത് എന്നാണ് ചുരുക്കി പറഞ്ഞത് അതാണ് മൂസാ നബിയോട് പറഞ്ഞത് വാഖിമി സലാത്ത് ലിധിക്കിരി അതിന് പിന്നെ ഒന്നുകൂടി സവിസ്തരം ആ ആയത്തെ വിശദീകരിക്കുന്നു പ്രവാചകന്മാരുടെ സ്ഥലാത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഞാൻ അതൊന്നുകൂടി വിശദീകരിക്കും ഇവിടെ അവിടുത്തെ ലക്ഷ്യം മാത്രം ഞാനൊന്ന് പറയും പൈശാചികമായ ചിന്തകൾ ഭൂമിയിൽ നിന്ന് മനുഷ്യ സമൂഹത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് ദൈവീകമായ ചിന്ത ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സ്ഥലാത്ത് നിർവഹിക്കേണ്ടത് അത് ദൈവീകമായ ചിന്ത എങ്ങനെ ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവുക ഇന്നമാ യോമിനു ബി ആയാത്തിനല്ലത് ഇന ഇതാ ചിന്തയുണ്ടാവണമെങ്കിൽ ദൈവീകമായ ആശയങ്ങൾ ഒരു രാജ്യത്തും ഒരു വ്യക്തിയിലും നടപ്പിലാക്കണം അപ്പോഴാണ് അവന് ദൈവീകമായ ചിന്താന്ന് ദൈവിക വ്യവസ്ഥയെക്കുറിച്ചും അവൻ്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചുമുള്ള ചിന്ത അവനിലുണ്ടാവുകയുള്ളു അതിനെ ധിഖരിച്ചാൽ അതിൻ്റെ പരിണിത അവന് ഭയം ഉണ്ടാവുകയുള്ളു അതാണ് ദൈവത്തെക്കുറിച്ച് ഭയം എന്ന് ഒരു സമൂഹത്തിൽ ഒരു വേദം അവതരിപ്പിച്ചാലേ ആ വേദ ദൈവത്തെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ അവൻ്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അവനിലുണ്ടാവുകയുള്ളു ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ലംഘിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും തനിക്കും തൻ്റെ സമൂഹത്തിനും എന്നുള്ള ആ ഭയമാണ് ആ വിഹ്വലതയാണ് ദൈവത്തെക്കുറിച്ചുള്ള ആ ബേജാറാണ് അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് അവന്റെ ഖുഷു അവന്റെ ഭയം അതാണ് സൂറത്ത് താഹമറിയമില്ല അള്ളാഹു പറഞ്ഞത് ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു ഇതാ തുല അലഹിം ആയാത്തുർ റഹ്മാനി അതാണ് ഒരാൾ ഒരു സമൂഹത്തിൽ സലാത്ത് നടപ്പിലാക്കിയാൽ അവർ സുജൂത്തിലാവും ശുചൂതിലാവും എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ശാരീരികമായി നെറ്റി തല വെക്കും പിന്നെ ഭൂമിയിൽ വെക്കുമെന്നല്ല അത് സുജൂതി എന്നുള്ള നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ അതിവിടെ ചോദിക്കേണ്ട പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് സലാത്തൊരു സമൂഹത്തിൽ ഉണ്ടായാൽ അവൻ ശുചൂതിലെത്തും അതാണ് ഇതാ അവൻ ഇതാണ് അമ്പിയാക്കന്മാരുടെ കഥ പറഞ്ഞ ശേഷം ഇതാ തുല അലഹിമായാത്തുർ റഹ്മാനി ആ അംബിയാക്കന്മാർക്കൊക്കെ ദൈവിക വചനങ്ങൾ അവരുടെ മേൽ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ ഹറു സുജതൻ അവർ സുജൂതിലെ ആയിപ്പോവും അവർ അതിന് സബ്മിറ്റ് ചെയ്യും അതിന് അവർ അവരുടെ ജീവിതം സമർപ്പിക്കും ഓ അതിനെക്കുറിച്ച് ഓർത്ത് അവർ കരയുകയും ചെയ്യും എന്തുകൊണ്ട് ഈ സമൂഹം ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അവരുടെ തന്നെ നന്മക്കാണല്ലോ പടച്ചോനെ അവരുടെ തന്നെ ഗുണത്തിനാണല്ലോ അവരുടെ തന്നെ നിലനിൽപ്പിനാണല്ലോ അവരുടെ തന്നെ മോചനത്തിനാണല്ലോ അവർ തന്നെ അനുഭവിക്കുന്ന ഈ ചൂഷണത്തിനും പീഡനത്തിനും രക്ഷ കിട്ടാനാണല്ലോ ഈ വേദം എന്നിട്ടും എന്താ ഈ ജനത ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാത്ത ഇതിനവരുടെ ജീവിതം സമർപ്പിക്കാത്ത എന്ന് ആലോചിച്ച് അവർ സങ്കടപ്പെടുകയും ചെയ്യും എന്നാൽ ഫഹലഫിം ഖൽഫുൻ ആ അമ്പിയാക്കന്മാർക്കൊക്കെ ശേഷം പിൻതലമുറകൾ വന്നു അള്ളാഹുസലാത്ത ഈ സലാത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വേദവചനങ്ങളുടെ വായനയും അതിനെ പിന്തുടർന്ന് ജീവിക്കലും അത് മുഖേന അവരെത്തിയ ആ സുജൂദും അതാണ് അവിടുത്തെ സലാത്ത് സലാത്ത് ഒരു സമൂഹത്തിൽ നടപ്പിലാക്കിയാൽ ആ സമൂഹം സുജൂതിലേക്കെത്തും അതാണ് നാല് നൂറ്റിയൊന്നിൽ ഫലഹു മുസ്ലാത്ത ഫലഹുദു അസലിഹത്തും വഹിദറഹും വൈദാസജതു ആ സലാത്ത് അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ അവർ സുജൂത് ചെയ്തു സുജൂതിലെത്തി ആ സമൂഹം സുജൂതിലേക്കെത്തി നീ അവർക്ക് സ്വലാത്ത് ചെയ്താൽ ഫലുസല്ലുമായൊക്കെ അവർ നിബിയുടെ കൂടെ സലാത്ത് ചെയ്തപ്പോൾ അവർ സുജൂതിലേക്കെത്തി വൈദാസജതു സുജൂതിലെത്തിക്കഴിഞ്ഞാൽ അവർ മാറി നിൽക്കട്ടെ അതാണ് അവര് ദൈവിക മാർഗനിർദ്ദേശങ്ങളല്ല പിന്തുടർന്ന് ജീവിച്ചത് അവര് സ്വന്തം ഇച്ഛകളെയാണ് പിന്തുടർന്ന് ജീവിച്ചത് അതാണ് ലക്ഷ്യം മനുഷ്യ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിന് നന്മയാണെന്ന് അറിയപ്പെടാത്ത മുങ്ക നികൃഷ്ടവും നീചവുമായ കാര്യങ്ങളിലെന്നും ഫഹിഷാവ് ഇസ്ലാമികമായ വിരുദ്ധ പ്രവർത്തനങ്ങളിലെന്നും ഷിർക്കിൽ നിന്നും സമൂഹത്തെ തടഞ്ഞു നിർത്താനാണ് മറ്റൊരു ലക്ഷ്യം ആ ആയത്തും പിന്നീട് ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു മാത്രം ഇതാണ് സലാത്തിൻ്റെ ലക്ഷ്യം ഇതാണ് സലാത്ത് അപ്പോൾ ഒരു ആശയത്തെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കുക ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവീകമായ വചനങ്ങള് വായിക്കലും അതിൻ്റെ നിരന്തരമായ പിന്തുടർന്ന് ജീവിക്കലുമാണ് സത്യത്തിൽ സലാത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ സ്വലാത്ത് എന്ന് പറയുന്നത് അതാണ് സ്വലാത്ത് എന്ന പദം ഖുർആാനിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്വലാത്ത് എന്നതിൻ്റെ മൂല അക്ഷരങ്ങളാണ് സ്വാദ് ലാമ് വാവ് എന്നിവ അസ്വല എന്നത് ശരീരത്തിന്റെ ദ ഈ പിൻഭാഗത്തിനാണ് അസ്വല എന്ന് പറയും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മുൻഭാഗം മറ്റൊരു വസ്തുവിൻ്റെ പിൻഗം പിൻഭാഗവുമായിട്ടാണ് ഏച്ചു അപ്പോഴാണ് അതിങ്ങനെ പോവുക ഒന്ന് മറ്റൊന്നിനോട് യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിൽ നിന്നാണ് ഈ മൂല അക്ഷരങ്ങളുടെ അടിസ്ഥാന അർത്ഥം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അതായത് പിന്തുടരുക വിടാതെ പിന്തുടരുക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഓരോ പദങ്ങളുടെയും ഉത്ഭവ കാരണങ്ങൾ ഗ്രന്ഥത്തിൽ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മുസല്ലി എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പന്തയത്തിൽ ഓട്ട മത്സരത്തിൽ ഒന്നാമത് എത്തുന്ന കുതിരയെ വിടാതെ പിന്തുടർന്നെത്തിയ രണ്ടാമത്തെ കുതിരക്കാണ് മുസല്ലി എന്ന് പറയുക ഭാഷ എല്ലാ പണ്ഡിതന്മാർക്കും അറിയാതെ മുസല്ലി എന്ന് പറഞ്ഞാരണ്ണേഴ്സ് അപ്പായിട്ട് എത്തി വിന്നർ ആ മത്സരത്തിൽ ഒന്നാമതെത്തിയ കുതിരക്ക് അസാബിക് എന്നാണ് പറയാറ് സാബിക് എന്നാണ് പറയാറ് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ് വിടാതെ പിന്തുടരുക എന്നാണ് ഈ പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ് വിടാതെ പിന്തുടരുക എന്ന് അങ്ങനെ ഭാഷാപരമായിട്ട് അർത്ഥമല്ല ആരെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി എന്നോട് പറഞ്ഞാൽ മതി അർത്ഥം ഞാൻ കാണിച്ചു അവ മുസല്ലി അസാബിക് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അസ്വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുക എന്നതാണ് സ്വലാത്തിൽ സ്ഥിരമാകുന്നവരാണ് വല്ലദീന ഹുംഫിൻ തായിമൂൻ എന്ന് പറഞ്ഞാൽ അവർ സ്വലാത്തിൽ സ്ഥിരമാകുന്നവരാണ് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നമസ്കാരത്തിൽ സ്ഥിരമാകുന്നവരാണ് എന്നർത്ഥത്തിലല്ല ഇവരെന്നെ അത് അത് തന്നെ പറയാം ആ നിസ്കരിച്ച കാര്യത്തില് നിസ്കാരിച്ച നിസ്കരിച്ച നിസ്കാരത്തിൽ പറഞ്ഞ കാര്യത്തില് അവർ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ഇവരെന്നെ പറയാം അതിനങ്ങനെ പറഞ്ഞു സത്യാണ് ഈ പറഞ്ഞത് നിസ്കാരത്തിൽ പറഞ്ഞ ഞാൻ നന്നായി ജീവിച്ചോളാം മറ്റേ ആ പറഞ്ഞ കാര്യത്തിലായിരിക്കും അവർ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ആയിരിക്കും ജീവിക്കാന്നാണ് അതിന്റെ അർത്ഥം എന്നാ പറ പക്ഷെ സലാത്തിലാ തായ്മണ് കുറാനിൽ പറഞ്ഞിട്ടുള്ള മറക്കാണ് സലാത്തി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നല്ല അവര് സലാത്തിലായിരിക്കും ദായുമായിരിക്കാന്നോഹും അവര് ചെയ്ത പ്രതിജ്ഞകളിലല്ല എങ്ങനെയെങ്കിലും നിന്നെ വ്യാഖ്യാൻ ചൊപ്പിക്കാൻ നോക്കുകയാണ് എന്നും പറഞ്ഞാൽ ദൈവീക വിധി വിലക്കുകളെ നിരന്തരം പിന്തുടർന്ന് ജീവിക്കുന്നവരായിരിക്കും അവർ എന്നാണ് പറഞ്ഞത് കുറുഗാനിക അധ്യാപനങ്ങളെ കുറുഗാനിക ആശയങ്ങളെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കുന്നവരായിരിക്കും അവർ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അല്ലീന ഹുഫി സലാത്തീൻ ഡായ്മന്നെ ഇരുപത്തിനാല് മണിക്കൂറും നിസ്കരിക്കാന്നല്ല ഡായും സലാത്തല്ല മറിച്ച് എന്താണ് ഡായ്മസലാത്ത് ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കരിക്കാന്നല്ല മറിച്ച് എന്താണ് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പിന്തുടർന്ന് ജീവിക്കുന്ന കാര്യത്തിൽ നൈരന്തര്യം നൈരന്തര്യം അതായത് നിരന്തരമായിട്ട് നില നിലനിർത്തുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക അത് പ്രായോഗിക അത് പ്രായോഗിക അല്ല അത്തരം നമസ്കാരക്കാരെ കുറാൻ തന്നെ അല അപലപിച്ചിട്ടുണ്ട് എന്ന് വലുത് ഹദീസുകളിൽ തന്നെ പേര് പറഞ്ഞിട്ടുണ്ട് മണിക്കൂർ നിസ്കരിക്കുന്ന ആളുകളൊക്കെ വേറെ പണിയൊന്നും എന്നൊക്കെ പ്രവാചകം ചോദിച്ചതായിട്ട് കുറാനില് ബലെന്നെ പറയും ഹദീസ് ബല ഹദീസുകളിൽ തന്നെ ഉള്ളതായിട്ട് ഷബീർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ എന്താ എഴുതി വച്ചത് ഡോക്ടർ ഷബീർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയച്ചത് െത്തിയ ആളെ പോലെ വളരെ വിടാതെ പിന്തുടരുക കാരണം ഒരു ഒന്നാമത് എത്താൻ വേണ്ടിയിട്ടാണ് പിന്തുടരുക എന്നാണ് അപ്പൊ അതാണ് അഖീമു എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യ സ്ഥാപിക്കുക അത് അഖീമുദ്ദീനൊക്കെ ഇവർ പറയുമ്പോൾക്കൊക്കെ വേണ്ട മനസ്സിലാവും ഇക്കാമത്തെന്ന് തന്നെ അതിന്റെ സ്ഥാപനാണ് അനുഷ്ഠിക്കലല്ല മുറപ്രകാരം അനുഷ്ഠിക്കലല്ല സ്ഥാപനാണ് ഇക്കാമത്താണ് മുറപ്രകാരം അനുഷ്ഠിക്കാന്നല്ലാന്ന് നിലനിർത്തുക എന്നൊരു അർത്ഥമുണ്ട് ശരി ഈ മുറപ്രകാരാനുഷ്ഠിക്കൽ ഉണ്ടോയെന്നുള്ളത് നോക്കുന്നതാണ് ഇപ്പം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആ പദത്തിൻ്റെ നേരർത്ഥം സ്ഥാപനമാണ് കുർആാനും പറയുന്നത് അതാണ് നോക്കൂ തൗറാത്ത അവര് തൗറാത്തും മിഞ്ചിയിലും സ്ഥാപിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അതാണ് അഖാമ അക്കാമ അക്കാമ അക്കാമു അവർ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അതിന്റെ മസ്തർ അണൈക്കാമത്ത് സ്ഥാപനം അവർ രക്ഷിതാവിംഗൽ എന്ന് അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെയും അവർ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ല അഖലൂ അവർക്ക് ഭക്ഷിക്കാമായിരുന്നു അവർക്ക് തിന്നാമായിരുന്നു ഫൗക്കിഹിം തഹത്തി അർജ്ജുലഹിം അവരുടെ താഴ്ഭാഗത്തു നിന്നും അവരുടെ ഉപരിഭാഗത്തിൽ നിന്നും എന്താണത് ആ തീറ്റ എന്താണ് കുർഹാനും വേദവും ഒക്കെ സ്ഥാപിച്ചാൽ എന്താണ് തിന്ന ഭൂമിയിൽ സമാധാനപരമായ ഒരു ജീവിതം അനുഭവിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് ഉ ഉന്നതമായ ഒരു ആശയത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും അവർക്ക് സ്വീകരിക്കാൻ കഴിയും എന്നൊക്കെയാണ് അർത്ഥം അല്ലാതെ കുറാനും തൗറാത്തും ഇഞ്ചിയിലും ദൈവത്തിൽ നിന്ന് അവതീർണമായ ആശയങ്ങളെയും ഭൂമിയിൽ സ്ഥാപിച്ച ഇഷ്ടം പോലെ തിന്ന് കിടക്കാനല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ വിഷയാണ് അത് കുർഹാൻ്റെ ദാർശനികത എന്ന് പറയുന്ന രംഗത്ത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്ലാസ് കേട്ട ആളുകൾക്ക് അത് മനസ്സിലാവും വിശദമായിട്ട് കുറേ ഒരു നിര ദീർഘമായ മണിക്കൂറുകൾ സംസാരിച്ച ഒരു വിഷയമുണ്ട് അതിൻ്റെ ദാർശനികത ആ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇനി നോക്കൂ മറ്റൊരായ വേദക്കാരി നിങ്ങൾ ഒന്നിലുമല്ല ഹത്താ തൊക്കീമു തൗറാത്ത നിങ്ങൾ തൗറാത്ത സ്ഥാപിക്കുന്നത് വരെ അപ്പൊ ഒരു വേദത്തിൻ്റെ സ്ഥാപനത്തിന് ഇത് പറയുന്ന മനസ്സിലാകുന്നത് അപ്പൊ ദൈവീകമായ വിധിവിലക്കുകൾ പിന്തുടർന്ന് ജീവിക്ക ജീവിക്കുന്ന ഒരു സമൂഹത്തെവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് ഈ കാമത്തു സലാത്ത് അതിനെ സ്ഥാപിക്കലാണ് ഇക്കാമത്തു അപ്പൊ അക്കാമെന്നും പറഞ്ഞു സലാ സല്ല എന്നും പറഞ്ഞു സലാത്ത് എന്നും പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിംഗലെന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും ഇഞ്ചിയിലും തൗറാത്തും നിങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ ഒന്നിലുമല്ല അപ്പൊ മുകളിൽ കൊടുത്ത രണ്ടു വചനങ്ങളിലും അഖാമ എന്ന പദത്തിന് വേദം നിലനിർത്തുകയും സ്ഥാപിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിനാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലാതെ മുറപ്രകാരം ഒരു ആചാരം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചല്ലോ അല്ലോ അവിടെയും ദൈവത്തിന്റെ മീസാൻ സ്ഥാപിക്കേണ്ടതിനെ ദൈവത്തിന്റെ ദൈവികമായ സന്തുലിതാവസ്ഥ ദൈവത്തിൻ്റെ നീതിശാസ്ത്രം ഇവിടെ സ്ഥാപിക്കേണ്ടതിനെ കുറിച്ചാണ് പറയണത് അല്ലാതെ ഒരു ആചാരാനുഷ്ഠാനം മുറപ്രകാരം നിർവഹിക്കേണ്ടതിനെ കുറിച്ചല്ല ഈ വേദം ദൈവത്തിൻ്റെ സന്തുലിതത്വം നിലനിർത്തുന്ന ഈ വേദത്തെ നിങ്ങൾ സ്ഥാപിക്കുന്ന രംഗത്ത് ഒരു കുറവും വരുത്തരുത് ആ ദൈവത്തിൻ്റെ നീതിശാസ്ത്രം നിങ്ങളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ആ പറഞ്ഞത് അല്ലാതെ ഒരു ആചാരാനുഷ്ഠാനം ഇവിടെ സ്ഥാപിച്ചെടുക്കണം എന്നല്ല ഈ വചനത്തിലും നീതിയും സന്തുലിതാവസ്ഥയും ജനങ്ങളിൽ സ്ഥാപിക്കേണ്ടതിനെ പറയുന്നത് ഒട്ടും കുറവ് സ്ഥാപിക്കേണ്ട സന്തുലിതാവസ്ഥ ദൈവിക സന്ദേശം തന്നെയാണ് അതിനെന്താ തെളിവ് കുറാൻ പറയുന്നത് കാണുക ലക്കത് അറസൽ അതാണ് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആ സന്തുലിതത്വത്തിൻ്റെ നിയമം ആ നിയമ വ്യവസ്ഥിൽ കിസ്തി അല്ലാതെ ഓലെ തൂക്കി നോക്കാനല്ല മാനവരാശിയെ നീതിയിൽ നിലനിർത്താൻ പര്യാപ്തമായ ഒരു മീസാനും അള്ളാഹു വേദത്തോടൊപ്പം പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിരുന്നു ദൂതന്മാർക്ക് ഇറക്കി കൊടുത്തിരുന്നു ദൈവീ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ആ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് വേദത്തോടൊപ്പം ദൈവത്തിൻ്റെ സന്തുലിതാവസ്ഥ ീതിയിൽ നിലനിർത്തി സ്ഥാപിക്കേണ്ട ഒരു സന്തുലിതത്വത്തിന്റെ നിയമവ്യവസ്ഥയും അവരുടെ കൂടെ ഇറക്കിക്കൊടുത്തിരുന്നു ഈ അക്കൂമ ജനങ്ങളെ തൂക്കി നോക്കാൻ ജനങ്ങളെ നീതിയിൽ നിലനിർത്താൻ അപ്പൊ ഈ വചനത്തിലും പറയുന്നത് വേദവും സന്തുലിതത്വവും അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യർ നീതിയിൽ നിലകൊള്ളാനും അതിനെ പാലിച്ച് ജീവിക്കുന്നതിനു വേണ്ടിയുമാണ് എന്നാണ് ആ വേദത്തിൻ്റെയും അതിലടങ്ങിയ സന്തുലിതത്വത്തിൻ്റെയും സ്ഥാപനമാണ് സത്യത്തിൽ ഇക്കാമത്ത് എന്ന് പറയുന്നത് അപ്പോൾ വേദത്തിൻ്റെ വേദവചനങ്ങളുടെ ദൈവവചനങ്ങളുടെ സ്ഥാപനത്തിന് ആണ് എന്ന് പറയുക എന്നാ നീ ആചാരാനുഷ്ഠാനം മുറപ്രകാരം നിർവഹിക്കണേ ഇക്കാമത്ത് എന്ന് പറയാമെന്ന് അറിയില്ല പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല ഈ അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിലേക്കുള്ള തെളിവായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇക്കാമത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നില്ല അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ മറ്റേതിനുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് പറയേണ്ടത് അവരാണ് നമ്മളല്ല നമ്മൾ പറഞ്ഞതിന് തെളിവ് കുറയാനുള്ള ഇതാ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് ഇത്രയും ചോദിത്തം മുസാനബിയുടെ കാലഘട്ടത്തിൽ ഒരു ജിതാറ് പൊളിഞ്ഞു പോയൊരു ജിതാർ ഇക്കാമത്ത് നടത്തിയല്ലോ അതവിടെ നേരെ സ്ഥാപിക്കലാണ് ആ കഥ ഞാൻക്കറിയാലോ മുസാനബി ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഏതൊരു മതിൽ വീണ് കിടക്കണമെന്ന് തന്നെ ആ മതിൽ നേരാക്കി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മളെ മറ്റേ വിഷയത്തിൽ പറഞ്ഞാൽ പറയേണ്ട കാര്യങ്ങളാണ് അത് ഏത് കുർയാൻ്റെ ദാർശനികമാർ ഏത് മതിലെങ്ങനെയെന്ന് നിർത്തി വെച്ചതെന്ന് നിങ്ങളത് ഒന്ന് ചോദിക്കരുത് ഇന്ന് സ്ഥലത്താൽ ചോദിക്കാൻ പറ്റുള്ളൂ അത് മറ്റേ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ ചോദിച്ചുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഒരു കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഒരു വസ്തു ഒരു വസ്തുതയെ ഒരു ആശയത്തെ സ്ഥാപിക്കലും നിലനിർത്തലും അതിൻ്റെ വക്രതകൾ തീർക്കലുമൊക്കെയാണ് അഖാമ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ഇങ്ങനെ വേദത്തിലെ വിധി വിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് സ്ഥാപനമായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം അല്ലാതെ ഒരു സമൂഹത്തെ ചില ആചാരങ്ങളുടെ കുറവുണ്ട് അവർക്ക് അതുകൊണ്ട് വല്ല കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊന്നും പരിശീലിപ്പിക്കട്ടെ അല്ലാതെ ഈ ജനത നേരാവൂല എന്ന് വിചാരിച്ച് കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ഒരു സമൂഹത്തെ പരിശീലിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നില്ല പ്രവാചകന്മാർ മറിച്ച് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് ഒരു ജനതയുടെ ഒരു ജനതയുടെ എന്തിനു വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് വേദത്തിൻ്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുന്ന സമാധാനപൂർണമായി ജീവിക്കുന്ന ഐശ്വര്യപൂർണമായി ജീവിക്കുന്ന അക്രമവും അനീതിയും അരാജകത്വങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാത്ത ഒരു നല്ല ജനതയെ വാർത്തെടുത്ത് അവർക്ക് ഒരു സ്വർഗരാജ്യം ഇവിടുന്ന് തന്നെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് പരിപൂർണമാകാത്ത നീതിശാസ്ത്രം നടപ്പിൽ വരുത്തുന്ന രണ്ടാമതൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതിനു വേണ്ടിയായിരുന്നു നിയോഗിക്കപ്പെട്ടത് ഭൂമിയിൽ തന്നെ അവരുടെ ജീവിതം സ്വർഗതുല്യമാണ് അതാണ് ഭൂമിയിൽ തന്നെ അവരുടെ നരക തുല്യമായ ജീവിതത്തിൽ നിന്നൊരു മോചനം കൊടുക്കാൻ അതാണ് ലോക കുന്തുമല ഷഫ ഹുഫറത്തി മിനന്നാരി നിങ്ങളൊരഗ്നിയുടെ വക്കിലായി നിങ്ങളൊരു അഗ്നിയുടെ വക്കിലായിരുന്നു ആ അഗ്നിയുടെ വക്കിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി ഫാങ്കും അവിടെ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്തായിരുന്നു ആ അഗ്നി അതാണ് നരകത്തിൽ നിന്ന് നരകയാതനകളിൽ നിന്ന് അക്രമവും അനീതിയും കലാപങ്ങളും പരസ്പരം വിദ്വേഷവും പകയും നിറഞ്ഞ കലാപങ്ങൾ നിറഞ്ഞ പരസ്പരം വിദ്വേഷവും അസൂയയും സംഘർഷങ്ങളും നിലനിന്നിരുന്ന ഒരു ജനതയെ സാഹോദര്യത്തിലും സ്നേഹത്തിലും കരുണയിലും ഒരുമിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ ഒരു സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ജീവിതം കെട്ടിപ്പടുത്തു കൊടുക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ ഒരു ദൗത്യം കുറാൻ പറഞ്ഞത് ഒക്കുന്താ ഹുഫറത്തും മിനന്നാരി ഫും അങ്ങനെ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം ഈ കുർആാനാവുന്ന ഈ അനുഗ്രഹം നിങ്ങളിൽ നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾ സഹോദരങ്ങളായി എന്ന് പറഞ്ഞാൽ അതുവരെ അവർ സഹോദരങ്ങളായിരുന്നില്ല സംഘർഷങ്ങളിലായിരുന്നു അവർ ശത്രുതയിലായിരുന്നു അവർ വിദ്വേഷത്തിലായിരുന്നു അവർ അതിൽ നിന്ന് മോചനം കൊടുക്കുക എന്നതായിരുന്നു പ്രവാചക ദൗത്യത്തിൻ്റെ പ്രവാചകന്മാരുടെ ദൂതന്മാരുടെ ദൗത്യത്തിൻ്റെ ഒരു ലക്ഷ്യം അല്ലാതെ കുറച്ച് ഈ കൗമിലേ ലേശം ആചാരാനുഷ്ഠാനങ്ങൾ കമ്മിയുണ്ട് അതുകൊണ്ട് ഈ ജനതയെ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചേ മതിയാവൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നില്ല അവർ എനി നോക്ക ഒരു പ്രവാചകന്റെ ലക്ഷ്യം അള്ളാഹു പറയുന്നതായിട്ട് ഖുർആൻ വിവരിക്കുന്നു അല്ലാഹു പറയുന്നു റബ്ബന ഇന്നീ അസ്കന്തു മിന്തുയ തീ റബന ഞങ്ങളുടെ രക്ഷിതാവ് ഇനി തീർച്ചയായും നിക്ഷയമായും ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു എൻ്റെ സന്തതികളിൽ നിന്ന് കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ എന്താ കൃഷിന്നൊന്നിപ്പ ചോദിക്കണ്ടട്ടോ അത് ഞമ്മളല്ലോ വേറെ വിഷയത്തിലാണ് നിങ്ങൾ സ്വലാത്താന് കൊടുത്ത വിഷയം അത് പറയൽ മുഹറം നിന്റെ വിധി വിലക്കുകളാവുന്ന വ്യവസ്ഥിതിയുടെ വിശുദ്ധമായ ആ സ്ഥാപനത്തിനരികെ മുഹറമായ ബൈത്ത് ദീനന് ആ വീക്ഷണത്തോടുകൂടി എന്തിനു വേണ്ടി സന്തതികളിലേക്ക് മനുഷ്യ മനസ്സുകൾ ആകർഷിക്കണേ മനുഷ്യ മനസ്സുകളെ നീ അവരിലേക്ക് ചായിക്കണേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ബൈത്തുക്കൽ മുഹറെന്നു എന്നാ പറയാനുണ്ട് ബാതിൻ വൈറദീസറ എന്ന് പറയാനുണ്ട് ദുരിയത്ത് തന്നെ നേരിട്ട് സ്വന്തം മക്കൾ തന്നെ ആകണമെന്നുള്ളത് ഇവിടെ ഒരു മകൻ തന്നെയാണോന്ന് സന്തതികളിൽ നിന്നും തന്നെ ഒരു മകനേ ഉള്ളൂ എന്നുള്ളത് പറയാനുണ്ട് ഒരു മകനാണെങ്കിൽ തെഹ്വി ഇലേഹിം എന്ന് പറയുമെന്ന് ചോദിക്കേണ്ടതുണ്ട് അവരിലേക്ക് എന്ന് പറയണമെന്നുണ്ട് ഇവിടെ ജന വിജനമായ സ്ഥലമാണോ വിജനമായ സ്ഥലത്താണെങ്കിൽ ഫജിഅൽ അഫീദത്താസി തെഹ്വി ഇലഹിം ജന മനസ്സുകൾ അവരിലേക്ക് ആകർഷിക്കണേന്ന് പറയണമെങ്കിൽ അപ്പോൾ അവിടെ ജനല്ലേന്ന് ചോദിക്കേണ്ടതുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഈ ആയത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മളതൊന്നും പറയണില്ല ഇവിടെ ഇക്കാമത്തു സലാഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ദുരിതീയത്തിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് പ്രവാചകൻ താമസിപ്പിച്ചത് എന്തായിരുന്നു ആ ലക്ഷ്യം എന്നുള്ളതാണ് എന്തായിരുന്നു അവരെ നമസ്കരി ഈ ആചാരാനുഷ്ഠാനം നിർവഹിക്കാൻ നാട്ടിലൊന്നും സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയതാണോ എന്താണ് ഇവിടുത്തെ കാര്യം എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാൻ ആ കാര്യമാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത് അത് നമുക്കൊന്ന് സംസാരിക്കാം